അവ്യക്തീനി ഭൂതമധ്യനി ഭാരതം അവ്യക്തനിധനാ പരിദേവന ഇന്നലെ മുഴുവൻ ഭഗവാൻ നൈവം ശോചിത്തുമർഹസി തത്ര കാ പരിദേവന നം ശോചിത്തർഹസി ഇങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരുന്നിരിക്കുന്നു ഗീതയുടെ സന്ദേശങ്ങളിൽ മുഖ്യമായ ഒരു സന്ദേശമാണ് ശോചിതും ന അർഹസി ദുഃഖിക്കാൻ തനിക്ക് അർഹതയില്ല എല്ലാവിധത്തിലും ആനന്ദസ്വരൂപമായിട്ട് ഇരുന്നിട്ട് എന്തിനു ദുഃഖിക്കണം സർവേശ്വരൻ പരിപൂർണമായി എല്ലാം തന്നിട്ട് എന്തിനു ദുഃഖിക്കണം നൈവം ശോചിത്തും അർഹസി ജനനി പൃഥ്വി കാമധുഹാത്തെ ജനകോദേവഹാ സർവദയാളുഹു മൈത്രിയും ഭജത് അഖില ഹൃജേത്രിയും കാഞ്ചി പരമാചാര്യർ എം എസ് സുബലക്ഷ്മി യുണൈറ്റഡ് നേഷൻസിൽ പാടാനായിട്ട് പോകുമ്പോ പരമാചാര്യരെ കണ്ടിട്ട് അവിടെ പാടാനായിട്ട് എന്തെങ്കിലും പാട്ട് എഴുതി തരണമെന്ന് പറഞ്ഞു രണ്ടാം ലോക മഹായുദ്ധമൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന കാലം അപ്പോഴാണ് എഴുതിക്കൊടുത്തത് മൈത്രിയും ഭജത്ത് അഖിലഹിർ ജേത്രിയും എല്ലാരോടും മൈത്രിഭാവത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ പരസ്പരം വെറുപ്പൊന്നുമില്ലാതെ ദ്വേഷമൊന്നുമില്ലാതെ മറ്റുള്ളവരുടെ സമ്പത്തിൽ ആശിക്കാതെ കിട്ടുന്നത് കൊണ്ട് തൃപ്തിയോടുകൂടെ ലോകത്തിനുള്ള ഭാരതത്തിന്റെ ഒരു സന്ദേശമായിരുന്നു ആ പാട്ട് ും ഭജ എല്ലാരും മൈത്രിഭാവത്തോടെ ഇരിക്കാങ്ങൾ അഖില ഹൃജൈത്രിയും അതെല്ലാവരുടെ ഹൃദയത്തിനെയും ജയിക്കുന്നതാണ് സന്തോഷമായിട്ട് ലോകത്തിൽ ജീവിക്കാൻ വേണ്ടതൊക്കെ എന്താ അതിന്റെ മെസ്സേജ് സന്ദേശം എന്ന് വെച്ചാൽ ജനകോ ജനനീ പൃഥിവി കാമുഹാത്തെ ഈ അമ്മയാകുന്ന ഈ ഭൂമി എന്തൊക്കെ വേണോ അതൊക്കെ തനിക്ക് തരുന്നുണ്ട് ജനകോദേവഹ സർവദയാളുഹു ഭഗവാൻ സർവേശ്വരൻ അച്ഛനായിട്ട് എല്ലാം തരുന്നുണ്ട് ഇങ്ങനെ ആ പാട്ടിന്റെ വരികൾ വരും ആരുടെയും സ്വത്തിൽ ആഗ്രഹിക്കരുത് കിട്ടുന്നത് കൊണ്ട് സന്തോഷമായി ഇരിക്കുക ഇങ്ങനെ പറഞ്ഞു വന്ന് ശ്രേയോ ഭൂയാ സകലജനാനം അതാണ് ലാസ്റ്റ് ലൈൻ എല്ലാവർക്കും ശ്രേയസ് ഉണ്ടാവട്ടെ എല്ലാവർക്കും മംഗളം ഉണ്ടാവട്ടെ ലോകത്തിലുള്ളവരും ഒക്കെ സൗഖ്യമായിട്ടിരിക്കട്ടെ സുഖമായിട്ടിരിക്കട്ടെ ശ്രേയോ ഭൂയാത് സകല ജനാനം ഇന്നവരൊന്നൊന്നുമില്ല ഹിന്ദുക്കൾ മാത്രം എന്നല്ല സകലരും ഇന്ത്യയിലുള്ളവര് മാത്രമല്ല ലോകത്തിലുള്ള സകല മനുഷ്യർ എന്ന് മാത്രമല്ല പ്രാണികള് ജന്തുക്കള് സകല ജീവികളും സൗഖ്യമായിട്ടിരിക്കട്ടെ എന്നാണ് ഉം രണ്ടു കാലിൽ നടക്കുന്നവരും നാല് കാലിൽ നടക്കുന്നവരും ഒക്കെ സൗഖ്യമായിട്ടിരിക്കട്ടെ ദ്വിപദ ചതുഷ്പഥ എല്ലാവർക്കും ശാന്തി ഉണ്ടാവട്ടെ എന്നാണ് എല്ലാവരും സൗഖ്യമായിട്ടിരിക്കട്ടെ അപ്പൊ എല്ലാം നമുക്ക് അനുഗ്രഹിച്ചു തന്നിരിക്കണം ഭഗവാൻ പിന്നെ എന്തിന് ശണ്ട കൂടി ഈ ലോകത്തിനെ മനുഷ്യൻ വൃത്തികേടാക്കണോ ഭഗവാൻ തന്നതിനെ വെച്ചുകൊണ്ട് സൗഖ്യമായിട്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ ദ്വേഷത്തിനോ ശണ്ടയ്ക്കോ ഒന്നും കാരണമേയില്ല നൈവം ശോചിത്വം അർഹസി എല്ലാ ദുഃഖത്തിനും കാരണം രാഗം ദ്വേഷം മറ്റുള്ളവന്റെ തനിക്ക് വേണം എന്നുള്ള ആഗ്രഹം അല്ലെങ്കിൽ തന്റെ കയ്യിലുള്ളത് എല്ലാ കാലത്തും തന്റെ കയ്യിൽ നിൽക്കണം എന്നുള്ള ആഗ്രഹം മൊത്തത്തിൽ അഹങ്കാരം അതങ്ങട്ട് കളഞ്ഞാൽ ദുഃഖം അതോടെ പോയി എന്നാണ് അവരാണ് ധന്യന്മാര് അറിയേണ്ടത് അറിഞ്ഞവർ ധന്യന്മാർ അഹങ്കാരം എങ്ങനെ കളയാൻ പറ്റും അത്ര എളുപ്പത്തിലെടുത്ത് കളയാൻ പറ്റുമോ ഉള്ളതാണെങ്കിൽ കളയാം ഇല്ലാത്തതിനെ എങ്ങനെ കളയും അത് ഇല്ലാത്തൊരു സാധനമാണേ അത് ഉണ്ട് എന്ന് ഭാവന ചെയ്ത് ഉറപ്പിച്ചിരിക്കുക എങ്ങനെ കളയും വെറും ഇമാജിനേഷനാണത് അപ്പൊ ആ അഹങ്കാരത്തിനെ അറിവുകൊണ്ടേ കളയാൻ പറ്റുള്ളൂ അജ്ഞാനം കൊണ്ട് ഏർപ്പെട്ടിരിക്കുന്ന ശോകത്തിന് ജ്ഞാനമല്ലാതെ വേറെ എന്ത് മരുന്ന് അജ്ഞാനം കൊണ്ട് ഏർപ്പെട്ടിരിക്കുന്ന അഹങ്കാരത്തിന് അറിവ് അല്ലാതെ വേറെ ഒരു മരുന്നില്ല അറിവ് കൊണ്ട് ഈ അഹങ്കാരമാവുന്ന രോഗം ശോകം മാറ്റണം ഉള്ളെന്നും വ്യാധിയെ മാറ്റണം ഇവിടെ നാച്ചുറോപ്പതിയോ അലോപ്പതിയോ ഹോമിയോപ്പതിയോ ഒന്നും പ്രയോജനപ്പെടില്ല ഇവിടെ ജഗത്പതി ഒരാളേ ഉള്ളൂ ഹൃദയത്തില് ആത്മതത്വം അറിയണം എന്നാണ് വേറെ വഴിയൊന്നുമില്ല ശോകം നീങ്ങാനായിട്ടാണ് അതറിഞ്ഞിട്ട് ഭഗവാൻ അതാണ് പറഞ്ഞത് അർജുന അറിയേണ്ടതറിഞ്ഞിട്ട് ശോകത്തിനെ നീക്കാം ദുഃഖത്തിനെ നീക്കാം നൈവം ശോചിത്തും അർഹസി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു കരച്ചൽ ഇതുവരെ ലോകത്തിലുള്ള ഒരു ദുഃഖവും പരിഹരിക്കപ്പെട്ടിട്ടില്ല അല്ലേ മഴയെ ഇല്ല വെള്ളം കിട്ടാതെ ഇരുന്നപ്പോ ആളുകളൊക്കെ ശണ്ട ദേഷ്യപ്പെട്ട് സർക്കാർ ഓഫീസിന്റെ മുമ്പിൽ പോയി കുത്തിയിരുന്നു ലഹള കൂട്ടി മഴയെ ഒരുപാട് പെയ്തപ്പോ അപ്പോഴും പോയി ലഹള കൂട്ടുന്നു അവരെന്ത് ചെയ്യും അപരിഹാര്യെ അർത്ഥേ നത്വം ശോചിത്തും പരിഹാരം നമ്മളുടെ കയ്യിലില്ല പരിഹാരം ഒരിക്കലും ശോകമല്ല കരഞ്ഞതുകൊണ്ടോ ബഹളം കൂട്ടിയതുകൊണ്ടോ പരിഹാരം ആവില്ല നൈവം ശോചിത്തും രഹസ്യം മരണം ഭഗവാൻ അത് പറഞ്ഞു പിന്നലെ ജനിക്കുന്നതിനൊക്കെ മരണമുണ്ട് മരിക്കണത് പിന്നെയും ജനിക്കും ആ വിധത്തിൽ നോക്കിയാലും ദുഃഖിച്ചിട്ടൊന്നും അർത്ഥമല്ല ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപം ചിന്തിച്ച് നോക്കിയാൽ ജനന മരണ ശൂന്യമാണത് അത് അമൃതമാണ് അതിന്റെ സ്വരൂപം അങ്ങനെ ചിന്തിക്കുമ്പോൾ ദുഃഖത്തിന് അർത്ഥമേയില്ല ഇനിയിപ്പൊ സാധാരണ തലത്തിൽ വന്ന് ശരീരം എന്ന് ചിന്തിച്ചാലും ജനിക്ക മരിക്കുക എന്നൊരു ചക്രം അതിനാണല്ലോ നമ്മള് സംസാര ചക്രം എന്ന് പറയണത് ജനൻ പുനരപി ജനനം പുനരപി മരണം പുനരപി ജനീ ജേ ശയനം ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാഹിമുരാരെ പുനരപി ജനനം പുനരപി മരണം ഈ സർക്കസിലുള്ള ജയിന്റ് വീൽ പോലെ അതിൽ കയറി ചുറ്റണം എന്തിനാ കയറി ചുറ്റുന്നത് അല്ലെ ആഗ്രഹം ആഗ്രഹിച്ച് നമ്മളായിട്ട് ടിക്കറ്റ് എടുക്കും കയറണം എന്ന് പറഞ്ഞ് പൈസ കൊടുത്ത് ടിക്കറ്റ് വാങ്ങിച്ച് അതിൽ കയറി ഒരു ചുറ്റു കഴിയുമ്പോഴാണ് ആ അബദ്ധം മനസ്സിലാവണത് വേണ്ടിക്കിടന്നില്ലാന്ന് അത് മേലെ കൊണ്ടുപോയിട്ട് എടുത്തിട്ട് തല കീഴായിട്ടൊന്നും മറിക്കുമ്പോ വേണ്ടിക്കിടന്നില്ലാന്ന് പിന്നെന്ത് ചെയ്യും ആ ചുറ്റണത് ചുറ്റി നിർത്തി അയാളായിട്ട് ഇറക്കി വിട്ടാലേ ഇറങ്ങാൻ പറ്റുള്ളൂ അതിനിടയിൽ കിടന്ന് ചുറ്റാം പുനരപി ജനനം പുനരപി മരണം പുനരപി ജനീജരേ ശയനം മരണം എന്നുള്ള നിശ്ചയം മുമ്പിൽ കാണുന്നുണ്ട് ഓരോ ദിവസം കഴിയും തോറും ആ ഒരു റിയാലിറ്റി ഫാക്ച്വാലിറ്റി വാസ്തവികമായ ഒരു അനുഭവം നമ്മളുടെ മുമ്പിൽ നിൽക്കണുണ്ട് ആർക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യം അത് മുമ്പിൽ നിൽക്കണു മരണം അതിനൊരിക്കലും ആരും ഒരു പ്രതിവിധിയും കണ്ടെത്താൻ പോണില്ല അത് മുമ്പിൽ നിൽക്കണു ഓരോ ദിവസം കഴിയുമ്പോഴും പോയിക്കൊണ്ടിരിക്കണോ എന്നാണ് ആയുർണശ്യത്തി പശ്യതാം പ്രതിദിനം യാതിക്ഷയം യൗവനം പ്രത്യാതികതാ പുനർണദിവസാഹ കാലോ ജഗദ്ഭക്ഷക ലക്ഷ്മി തോയതരംഗഭംഗജല വിദ്യുച്ഛലം ജീവിതം തസ്മാം കര കരുണയാ ത് ഓരോ ദിവസം കഴിയുമ്പോഴും ഓട്ടക്കുടത്തിൽ നിന്നും വെള്ളം പോണ പോലെ ഭിന്നഘടാതിവാംഭട്ടക്കുടത്തിൽ വെള്ളം പോണ പോലെ ആയുർനശ്യതി പശ്യതാം പ്രതിദിനം ഓരോ പിറന്നാള് കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ ദിവസം കലണ്ടറിൽ ഡേറ്റ് ചീന്തി കളയുമ്പോഴും ഒരു ദിവസം പോയി യാതിക്ഷയം യൗവനം യൗവനം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു കഴിഞ്ഞുപോയ ഒരൊറ്റ ദിവസം തിരിച്ചു വരാൻ പോണില്ല സാധാരണ തലത്തിൽ ചിന്തിക്കുന്നത് ശരീരത്തിന്റെ തലത്തിൽ നിന്ന് ഇതൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് ആർക്ക് നിഷേധിക്കാൻ കഴിയാത്ത ഒരു സത്യം ഓരോ ദിവസം കഴിയുമ്പോഴും യൗവനം പോയി പോയി പോയിക്കൊണ്ടേയിരിക്കുന്നു യാതിക്ഷയം യൗവനം പ്രത്യയാന്തി ഗതാഹ പുനർന്ന ദിവസാഹ പോയിക്കഴിഞ്ഞ ദിവസങ്ങളൊന്നും തിരിച്ചു വരില്ല കാലോ ജഗദ്ഭക്ഷകാലം ജഗത്തിനെ ഭക്ഷിച്ചു കൊണ്ടിരിക്കണെന്നാണ് വിഴുങ്ങിക്കൊണ്ടിരിക്കണു കാലോ ജഗദ്ഭക്ഷക ലക്ഷ്മി പണമാവട്ടെ തോയ തരംഗ ഭംഗ ചല ഒരു കുളത്തില് കുമള ഇങ്ങനെ പൊന്തുണു കുറച്ചുനേരം നിൽക്കും എന്നിട്ട് പൊട്ടിപ്പോകും അതുപോലെ പണം ന്താ കുറച്ചു നേരത്തേക്ക് പണമായി ദരിദ്രനായിരിക്കണ ആൾ പണക്കാരനാവണം പണക്കാരൻ പിന്നെയും ദരിദ്രനാവണം ഇതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കണം തോയ തരംഗ ഭംഗ ചപ്പലാവും ആയുസോ വിദ്യുചലം ജീവിതം ആലോചിച്ച് നോക്കിയാൽ അറിയാം അല്ലേ നർസറി സ്കൂളില് ചേരുന്നു കുറച്ച് ദിവസം കഴിയുമ്പോഴേ കല്യാണം ആവണു കുട്ടികളാവണു പേരക്കുട്ടി ഇങ്ങോട്ട് നടക്കണോ കുറച്ചു വിദ്യുച്ഛലം ജീവിതം മരണത്തിന്റെ വക്കിലെത്തി നിൽക്കണു ഇടിമിന്നൽ പോലെ കഴിഞ്ഞു പോണു തസ്മാത് അതുകൊണ്ട് ഹേ കരുണാനിധേ ഭഗവാനെ കൃപാനിധേ ആചാര്യസ്വാമികൾ ശ്രീപരമേശ്വരനെ ഗുരുസ്വരൂപമായിട്ടാണ് സ്തുതിക്കുന്നത് എന്താന്ന് വെച്ചാൽ സംസാരത്തിൽ നിന്ന് കരകയറ്റാൻ ഈശ്വരനെ കൊണ്ട് സാധ്യമല്ല ഗുരുവിനെ കൊണ്ടേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഈശ്വരൻ പോലും ഗുരുവായിട്ടേ വരുള്ളൂ ഈശ്വരന് അനുഗ്രഹം തിരോധാന ശക്തിയാണ് ഈശ്വരന്റെ അനുഗ്രഹശക്തി സദാശിവന്റെ ആണ് ഉം നിങ്ങൾ കേട്ട് ചൊല്ലുണ്ടാവും സൃഷ്ടികർത്രി ബ്രഹ്മരൂപ ഗോപ്ത്രി ഗോവിന്ദരൂപിണി സംഹാരിണി രുദ്രരൂപ തിരോധാനകരി ഈശ്വരി സദാശിവ അനുഗ്രഹത പഞ്ചകൃത്യ ഈശ്വരന്റെ പഞ്ചകൃത്യത്തില് അനുഗ്രഹം അതായത് സംസാരമോചനം ഉം ആളുകൾ ഇതൊക്കെ കേട്ടാ തന്നെ പഠിക്കും ഇന്നലെ കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ അപ്പോഴേക്കും സംസാരമോചനം എന്ന് പറഞ്ഞ എത്ര കിടക്കണെന്ന് ദുഃഖത്തിലെ ആളുകൾക്ക് ഇഷ്ടമാണ് ദുഃഖം സംസാരമോചനം എന്ന് വെച്ചാൽ സന്യാസം എന്നല്ല അർത്ഥം ദുഃഖം മാറിക്കിട്ടുക എന്നർത്ഥം ദുഃഖിക്കാതിരിക്കുക എന്നർത്ഥം അതെല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമല്ലേ ദുഃഖിക്കാതിരിക്കുക ശോകം ഇല്ലാതിരിക്കുക അത് ഗുരുവിനെ കൊണ്ട് അതുകൊണ്ടാണ് കൃഷ്ണൻ അർജുനന്റെ മുമ്പിൽ ഗുരുവായിട്ട് തീർന്നു ശിഷ്യസ്തേഹം ത്വാം പ്രപന്നം എന്ന് പറഞ്ഞപ്പോഴാണ് ഭഗവാൻ ഉപദേശിച്ചത് അതുവരെ ഉപദേശിച്ചില്ല അതുവരെ അർജുനൻ വേറെ എന്തൊക്കെ ചോദിച്ചോ അതൊക്കെ കൊടുത്തു സാരഥിയായിട്ട് വരണം എന്ന് പറഞ്ഞ ഭഗവാൻ സാരഥിയായിട്ട് വന്നു സുഭദ്രയെ കല്യാണം കഴിച്ചു തരാൻ പറഞ്ഞപ്പോ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു ഏർപ്പാടാക്കി കൊടുത്തു വേറെ എന്തൊക്കെ വേണോ അർജുനനൊക്കെ ചെയ്തു കൊടുത്തു പക്ഷെ ഈ ഒരു കാര്യം മാത്രം ഇത്ര ദിവസം മിണ്ടിയില്ല പക്ഷെ അവസാനം ഒരു മുഖ്യമായ ഘട്ടത്തിൽ എപ്പോഴാണോ വേണ്ടി വന്നത് അപ്പൊ കരഞ്ഞു ഭഗവാനെ ഞാൻ അങ്ങയുടെ ശിഷ്യനാണ് എന്ന് പറഞ്ഞപ്പോ ആത്മതത്വം ഉപദേശിച്ചു ആത്മതത്വം നല്ലവണ്ണം തെളിയണമെങ്കിൽ ശരീരത്തിനോട് വൈരാഗ്യം വരണം അതായത് ശരീരം നമ്മളെ വല്ലാതെ പിടിച്ചിരിക്കുകയാണ് അതിന്റെ സ്കോർപ്പിയോണിക് ഗ്രിപ്പ് ഒരു എന്താ പറയുക തേളു പിടിക്കണ പോലെ നമ്മളെ പിടിച്ചിരിക്കുകയാണ് അതിന്റെ ഭയങ്കരമായ പിടിവുണ്ട് ആ പിടി ഉള്ളത്തോളം ആത്മാന്നൊന്നും പറഞ്ഞാൽ ഒന്നും പിടികിട്ടില്ല ആത്മാ ബ്രഹ്മം എന്നൊക്കെ വെറുതെ വാക്ക് പറയാം അല്ലാതെ ഒന്നും പിടികിട്ടില്ല അപ്പൊ ആദ്യം ഈ ശരീരത്തിന്റെ പിടി അല്പം ഒന്ന് അയണ അയഞ്ഞ് ഈ ശരീരം നശ്വരമാണ് എന്നൊന്ന് അല്ലെങ്കിൽ അത് തന്നെ സുഖം അതിനു വേണ്ടതൊക്കെ പോഷിപ്പിക്കല് ആഹാരം കൊടുക്കല് ടോണിക് കൊടുക്കല് സുഖമായിട്ട് ജ്യവനപ്രാവശ്യമൊക്കെ കഴിച്ച് വ്യാധി വരണവർ നോക്കും വ്യാധി വരുമ്പോ അയ്യോ ഇങ്ങനെ ആയിയല്ലോ പട്ടണത്ത് അവർ പറയുന്നുണ്ട് ഒരു പാട്ടല് ഒരു വലിയ ചെട്ടിയാരുടെ വീട്ടില് ഭിക്ഷ എടുക്കാൻ പോയി അത്രേ ഭിക്ഷയെടുക്കാൻ പോകുമ്പോ ചെട്ടിയാർക്ക് നല്ല വലിയ ശരീരം വലിയ കൊടവയറും ഉണ്ട് അപ്പൊ ഈ സ്വാമി ഭിക്ഷ എടുക്കാൻ വന്നപ്പോ രണ്ടുപേര് രണ്ടു വശത്ത് നിന്ന് കൊടവയറിൽ തൈലമിട്ട് ഇങ്ങനെ ഒഴുകിയാണ് അപ്പൊ ഈ ഭിക്ഷകാരൻ മുമ്പിൽ വന്ന് നിക്കുമ്പോ ചെട്ടിയാർ കളിയാക്കി ചിരിച്ചു ദേഹം മെലിഞ്ഞിട്ട് ഒട്ടിയ വയറോടുകൂടെ എല്ലൊക്കെ കാണുന്നുണ്ട് കൌബീനമാത്രധാരിയായിട്ട് വന്ന് നിക്കണ സാധുവിനെ കണ്ടപ്പോ ചെട്ടിയാർ ചിരിച്ചു തന്റെ തന്റെ കൊടവയറിൽ ഒന്നുകൂടെ അങ്ങനെ ഒന്ന് ഒന്ന് തടവിയത്ര അപ്പൊ പട്ടണത്താർ പറഞ്ഞു ചെട്ടിയാർ തൊപ്പ് തനതെന്റിക്ക് നായും നരിയും തനതെന്റിക്ക് ഈ ചെട്ടിയാർ തൊപ്പ എന്ന് വെച്ചാ കൊടവയർ ഈ ചെട്ടിയാർ തന്റെ തൊപ്പ കൊടവയറ് തന്റേതാണോന്ന് വിചാരിച്ചിട്ട് സുഖിപ്പിച്ചുകൊണ്ട് എണ്ണ ഒഴിഞ്ഞുകൊണ്ടിരിക്കണു ഇതിന്റെ സ്വന്തക്കാർ കുറെ പേരുണ്ട് ആരാന്ന് വെച്ചാല് നായ നരി കഴുകൻ ഇതൊക്കെ ഇങ്ങനെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് വന്ന് എത്തിയെത്തി നോക്കിട്ട് പോണു അത്ര എപ്പഴാപ്പ ഇയാള് പടം പെടാൻ പോണത് നമുക്ക് നല്ല ആഹാരം തയ്യാറായിക്കൊണ്ടിരിക്കണു ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ട് പോണമെന്നാണ് അപ്പൊ ഈ ശരീരം നശ്വരമാണ് അല്ലാതെ ശരീരത്തിൽ ആഹാരം കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടോ പക്ഷണിയിടാൻ വേണ്ടിട്ടോ അല്ല അതിന്റെ പിടി ഒന്നയിഞ്ഞാൽ ഒരു സുഖം കിട്ടും നോക്ക് ആന്തരികമായ സുഖം കിട്ടും അല്ലെങ്കിൽ ശരീരത്തിന്റെ പ്ലെയിൻ വിട്ട് നമ്മൾ ഉള്ളിലേക്ക് പോവുകയില്ല ദേഹത്തിന്റെ പ്ലെയിൻ വിട്ട് കുറച്ച് ഉള്ളിലേക്ക് പോകണമെങ്കിൽ ദേഹം ഞാനല്ല എന്നറിയണമെങ്കിൽ ദേഹത്തിന്റെ നശ്വരത അറിയണം അത് നശിച്ചു പോകും നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നറിയണം മാത്രമല്ല ശാരീരികമായി സുഖം വളരെ ലിമിറ്റഡ് ആണ് അത് സുഖം ഉണ്ട് ഇല്ല എന്നല്ല പക്ഷെ ഒരു ലിമിറ്റിന് മേലെ ശരീരത്തിന്റെ തലത്തിൽ സുഖം കിട്ടില്ല എന്നും അറിയണം അത് എന്തെങ്കിലും ഒരു ദിവസം നശിച്ചു പോകും ശാശ്വതമായി ഈ ശരീരത്തിനെ വെച്ചുകൊണ്ട് ആർക്കും സുഖിക്കാൻ പറ്റില്ല അതാണ് ബുദ്ധൻ പറഞ്ഞത് ബുദ്ധനോട് ചോദിച്ചു എന്തിനായി രാജകൊട്ടാരമൊക്കെ ഉപേക്ഷിച്ചത് ചോദിച്ചപ്പോൾ ഇഷ്ടവിയോഗ സർവമനിത്യമിതം നവേത് ഇഹ ജന്മനി കസ്യരതിർന്നവേത് ഈ ശരീരം ജനിക്കാതെയും മരിക്കാതെയും വാർദ്ധക്യം വരാതെയും അതിന് സദാ സൗഖ്യമായിട്ടും ഇരിക്കുമെങ്കിൽ ഞാൻ സുഖമായിട്ട് അരമനയിൽ തന്നെ ഇരിക്കുമായിരുന്നു പക്ഷെ അങ്ങനെയല്ലല്ലോ കണ്ടത് ഇതിന് ജന്മ ജരാമരണം ഇഷ്ടവിയോഗ ഭയം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ നമ്മളുടെ ശരീരം മാത്രമല്ല നമ്മൾ ആരുടെ വളരെ ഇഷ്ടപ്പെട്ടു അതാണോ കൂടുതൽ വേദന നമ്മളുടെ ശരീരം പോയാൽ പോട്ടെ നമ്മളുടെ ഇഷ്ടപ്പെട്ടവര് പോയി അവര് നമ്മളെ വിട്ടിട്ട് പോയി ആലോചിക്കുമ്പോ പേടി വിട്ടിട്ട് പോകും ആലോചിക്കുമ്പോഴേ പേടി എതിച്ച ഇഷ്ടവയോ വിയോഗ ഭയം നർവമനിത്യമിതം ഇവിടെ കാണുന്നത് മുഴുവൻ അനിത്യം അതുകൊണ്ട് എനിക്കിവിടെ രതിയില്ല ഈ ലോകത്തിൽ ഒരു സുഖം തോന്നണില്ല അനാസക്തി വന്നുപോയി വൈരാഗ്യം ഉണ്ടായിപ്പോയി വൈരാഗ്യം ഉണ്ടായപ്പോ എന്താ ശാശ്വതമായിട്ട് വല്ലതും ഉണ്ടോ എന്ന് അന്വേഷിച്ചു ഇതൊക്കെ നമ്മളിപ്പോ കാണുന്നതൊക്കെ അശാശ്വതമാണെന്ന് അറിഞ്ഞു അപ്പൊ ശാശ്വതമായിട്ട് പിന്നെ എന്താ ഉള്ളത് ഭഗവാൻ ഇപ്പൊ ആ പ്ലെയിനിലാണ് ആദ്യം ശാശ്വത വസ്തുവിനെയാണോ ബോധിപ്പിച്ചത് ആത്മാ ജനമരണ ശൂന്യമായി ഏകരൂപമായി നിത്യ സർവഗത സ്ഥാണുഹു അചലോയം സനാതന നിത്യവും സർവഗതവും സ്ഥാണുവും അചലവും സനാതനവുമായ തത്വത്തിനെ ആദ്യം ബോധിപ്പിച്ചു എന്നിട്ട് അനിത്യവും പരിഛിഹ്നവും ഉറപ്പില്ലാത്തതും സനാതനമല്ലാത്തതും നശിച്ചുപോണതുമായി ദേഹത്തിന്റെ കാര്യമാണ് ഭഗവാൻ ഇവിടെ പറയണത് ജാതസിഹി ധ്രുവോ മൃത്യു അത് ജനിച്ചിട്ടുണ്ടല്ലോ ഓരോ ക്ഷണവും മാറിക്കൊണ്ടേ ഇരിക്കണു നശിക്കും എത്ര തന്നെ സൂചിപ്പിച്ചാലും ഒരു ലിമിറ്റിന് മേലെ അതിന് സുഖം കിട്ടില്ല അത് എന്നെങ്കിലുമൊക്കെ കൈവിട്ടുപോകുന്ന സാധനം അപ്പോ അർത്ഥേ നൈവം ശോചിത് അർഹസി ശരീരത്തിന്റെ കാര്യത്തിൽ ദുഃഖിച്ചിട്ട് കാര്യമേ ഇല്ല അവനവന്റെ ശരീരത്തിനെ കുറിച്ചോ മറ്റുള്ളവരുടെ ശരീരത്തിനെ കുറിച്ചോ ആലോചിച്ച് വിഷമിക്കേണ്ട ദുഃഖിക്കണ്ട ക്രിസ്റ്റ്യൻ മിസ്റ്റിക്സ് അവരില് ഫ്രാൻസിസ് ഫാസിസി അദ്ദേഹം ഏകദേശം നമ്മളുടെ ഭാരതീയ സാധുക്കളെ പോലെയായിരുന്നു വളരെ ശരീരത്തിനെ തുച്ഛമാക്കി തള്ളിയിട്ടുണ്ട് അദ്ദേഹം ശരീരത്തിന് എന്ത് പേരാണ് വെച്ചിരുന്നത് എന്ന് വെച്ചാൽ ബ്രദർ ഡോങ്കി എന്നാണ് എന്നുവെച്ചാൽ പണിയെടുക്കാൻ വേണ്ടിയുള്ള കഴുതാന്നാണ് അതിനെക്കൊണ്ട് മാക്സിമം പണിയെടുപ്പിക്കാം ബ്രദർ ഡോങ്കി പക്ഷെ സ്നേഹവുമുണ്ട് അതിനോട് വെറുപ്പല്ല അതുകൊണ്ടാണ് ബ്രദർ എന്ന് വിളിച്ചത് ബ്രദർ ഡോങ്കി അതിനെ സഹോദരനായ കഴുത ആ കഴുത പണിയെടുക്കാനുള്ളതാണ് ജോലിയെടുക്കാനും ഇവിടെ പ്രാരബം അനുഭവിക്കാൻ വന്നിരിക്കുന്ന മാംസപിണ്ഡമാണത് അത് പ്രാരബം അനുഭവിച്ചു കഴിഞ്ഞാൽ എവിടെങ്കിലും ഒരിടത്ത് പതിച്ചിടുന്നു ദേഹവും ഒരിടത്ത് ദേഹം ഒരിടത്ത് പതിക്കുന്നു അതിന്റെ പ്രാരബം കഴിഞ്ഞാൽ വീഴും പ്രാരബ്ധരീരമാണത് അപ്പോ അതിൽ ദുഃഖിക്കണ്ടാം പിന്നെയോ അവ്യക്ത ആദീനി ഭൂതാനി ഈ ശരീരം ജനിക്കുന്നതിന് മുമ്പ് ഒരവ്യക്തത വ്യക്തമധ്യാനി ഇപ്പോ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു രൂപം ഒരു നാമം ഒക്കെ ആയിട്ട് ഒരാളായിട്ട് നടക്കുന്നു അവ്യക്ത നിധനാന്യേവ മരിച്ചു കഴിഞ്ഞാലോ എവിടെ പോയിന്നറിയില്ല അപ്പൊ മുമ്പിലും അറിയില്ല പിൻപിലും അറിയില്ല നടുവില് വ്യക്തമായിട്ട് കാണപ്പെടുന്ന ഒരു സ്ഥിതി തത്രക്കാ പരിദേവന ഈ വിഷയത്തിൽ എന്തിനാ ദുഃഖം ഈ വിഷയത്തിൽ എന്തിനാ കരയണത് അങ്ങടും അവ്യക്തം ഇങ്ങടും അവ്യക്തം മധ്യയെ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിനു വൃദ്ധാനം മധ്യത്തിൽ കാണുന്നു കുറച്ചു നേരത്തേക്ക് അത്രയേ ഉള്ളൂ അപ്പോ അത് നമ്മളുടെ കയ്യിൽ ഇല്ലാത്തതാണ് മരണത്തിന് ശേഷവും അത് അവ്യക്തമായിട്ട് പോകും അപ്പൊ നടുവിലും ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കണത് എന്ന് വെച്ചാൽ ആദിയിലും അവ്യക്തം അവസാനവും അവ്യക്തം നടുവിൽ തോന്നുന്നുണ്ടെങ്കിൽ അത് വാസ്തവത്തിൽ ഇല്ലാത്തതാണ് എന്നുള്ള തത്വമാണ് ഭഗവാൻ ബോധിപ്പിക്കണം ആദൗ അന്തേ നാസ്തി വർത്തമാനേ പി ഇതൊരു നിയമമാണ് ആദിയിലും അന്തത്തിലും യാതൊന്നും ഇല്ലയോ അത് വർത്തമാനത്തിൽ ഉള്ള പോലെ തോന്നിയാലും വാസ്തവത്തിൽ ഇല്ലാത്തതാണെന്ന് അറിഞ്ഞോളുവാ ഈ ശരീരം ഇല്ലാത്തതാണ് അറിഞ്ഞോളു ഇത് യുക്തിചിന്തയല്ല ഇത് ഫാക്ച്വൽ സ്റ്റേറ്റ്മെന്റ് യുക്തിചിന്തയല്ല ഇല്ലാത്തതാണെന്ന് വെച്ചാൽ അത് ദുഃഖിക്കുന്നുണ്ടല്ലോ എന്നാൽ പിച്ചിയാൽ എനിക്ക് വേദനിക്കുന്നുണ്ടല്ലോ എന്നുവെച്ച വേദനയും അതുപോലെ തന്നെ സ്വപ്നത്തിലും പിച്ചിയാൽ സ്വപ്നത്തിൽ വേദനിക്കും സ്വപ്നത്തിൽ ഊണ് കഴിച്ചില്ലെങ്കിൽ വിശക്കും രാവിലെ എഴുന്നേറ്റുമ്പോ ഏം പക്കം വിടും സുഖമായിട്ട് കഴിച്ചിട്ടാണ് കിടന്നിരിക്കണതേ അപ്പൊ വേദന അനുഭവിക്കില്ല എന്നോ വിഷമം ഇല്ലാന്നുമല്ല ഒക്കെ ഉണ്ടായാലും തൽക്കാലത്തേക്ക് മാത്രം ഇതൊക്കെ വന്നിട്ട് പോകും ഇത് വാസ്തവമല്ല അതുകൊണ്ട് ആ കാര്യത്തിൽ എന്തിനു ദുഃഖിക്കണോ അർജുന അതിലെന്തിനു കരയണു സിനിമ കണ്ടിട്ട് കരയണ പോലെ തന്നെ സിനിമ കാണാൻ പോയി സിനിമയിലുള്ള ദുഃഖ ഉണ്ടായ ദുഃഖം ആലോചിച്ച് കരയും രാമകൃഷ്ണ പരമവംസരെ ഒരു കഥ പറയും ഒരു ജ്ഞാനിയായ ഒരു കൂലിപ്പണിക്കാരനെ പറയും അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോ ഉറക്കത്തിൽ നിന്ന് എഴുന്നേപ്പിച്ചു അദ്ദേഹത്തിന് എന്നിട്ട് പറഞ്ഞു അദ്ദേഹത്തിന്റെ ഒരു മകൻ മരിച്ചുപോയി എന്ന് പറഞ്ഞു അപ്പൊ ആ കൂലിപ്പണിക്കാരൻ ചോദിക്കുകയാണ് കരയാതം ഉണ്ടാതിരുന്നു ഒരു ഉദാസീന ഭാവത്തിൽ ഇരുന്നു അപ്പൊ അദ്ദേഹത്തിനോട് ചോദിച്ചു എന്താ ഒരു വിഷമവും ഇല്ലാതിരിക്കണത് അല്ല ഞാൻ സ്വപ്നത്തില് ഞാൻ കണ്ടു ഞാൻ ഒരു രാജാവാണെന്നും എനിക്ക് നാലഞ്ച് രാജകുമാരന്മാരുണ്ടെന്നും വലിയ കൊട്ടാരമൊക്കെ ഉണ്ടെന്നും കണ്ടു നിങ്ങൾ എന്നെ കൂലി എന്നെ കുലുക്കി എഴുന്നേപ്പിച്ചപ്പോ എന്റെ കൊട്ടാരവും രാജകുമാരുംമാരും ഒക്കെ പോയി അപ്പൊ അവരെക്കുറിച്ച് ആലോചിച്ചാണോ ഞാൻ കരയേണ്ടത് ഇയാളെ കുറിച്ച് ആലോചിച്ചാ കരയേണ്ടത് എനിക്ക് ആ തീരുമാനിക്കാനായിട്ടില്ല എന്നുവെച്ചാൽ സ്വപ്നവും ജാഗ്രത്തും തുല്യം എന്നാണ് ജാഗ്രത് കുറച്ച് നീണ്ടു നിൽക്കണു സ്വപ്നം അല്പനേരത്തിൽ പൊലിഞ്ഞു പോകണു രണ്ടും എന്തെങ്കിലും ഒരു ദിവസം അവസാനിച്ചു പോകും തത്രൊക്കെ ആ പരിദേവന അതിലെന്തായി ദുഃഖിക്കാനിരിക്കണത് ദുഃഖിച്ചത് കൊണ്ട് എന്തു പ്രയോജനം യുദ്ധം ചെയ്യൂ തന്റെ പ്രവൃത്തി ഇപ്പൊ എന്താന്ന് വെച്ചാൽ അത് ചെയ്യൂ അല്ലാതെ യുദ്ധം ചെയ്യാനല്ല നല്ലവണ്ണം അറിഞ്ഞോണം യുദ്ധം ചെയ്യാന്നല്ല അപ്പൊ അർജുനന്റെ പ്രവൃത്തി യുദ്ധം ചെയ്യൽ അദ്ദേഹം അതുകൊണ്ട് യുദ്ധം ചെയ്യൂ എന്ന് പറഞ്ഞു എന്നല്ലാതെ നമ്മളെയൊക്കെ പോയി യുദ്ധം ചെയ്യാനല്ല കൃഷ്ണൻ ഗീതയിൽ യുദ്ധം ചെയ്യാൻ പറഞ്ഞു എന്നും പറയരുത് എന്തിനാ പിന്നെ യുദ്ധം ചെയ്യണ അർജുനനെ തന്നെ തെരഞ്ഞെടുത്തത് ഗീത പറയാൻ എന്ന് വെച്ചാൽ വ്യാസൻ എന്തിനെ ചിത്രീകരിച്ചു എന്ന് വെച്ചാൽ ടു സ്റ്റേറ്റ് ദ എക്സ്ട്രീം എക്സാമ്പിൾ തത്വജ്ഞാനം സർവതോ ഭദ്രമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ജ്ഞാനിയായ ആള് യുദ്ധം ചെയ്യണതാണ് അയാളുടെ തൊഴിലെ ആണെങ്കിൽ പോലും അയാളുടെ ജ്ഞാനം നഷ്ടപ്പെട്ടു പോകില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് യുദ്ധം യുദ്ധഭൂമിയെ തെരഞ്ഞെടുത്തത് അല്ലാതെ സന്യാസിയായാൽ മാത്രമേ ഈ ജ്ഞാനം നിൽക്കുള്ളൂ അല്ലെങ്കിൽ ഞാനും പോയി പോകും എന്നൊരു പേടി ഉണ്ടാവുമല്ലോ ആളുകൾക്ക് ഗൃഹസ്ഥന്മാരായ ഞങ്ങൾക്കൊന്നും പറ്റില്ല ഞങ്ങൾക്ക് ഓഫീസിൽ പോകണം എത്ര ജോലി തിരക്കുണ്ട് അതിന്റെ ഇടയിൽ ഇതൊക്കെ പ്രായോഗികമാവോ അതിലൊക്കെ കുറച്ച് ചലിച്ചു പോവില്ലേ എന്നൊരു വിഷമം ഉണ്ടാവും അതിനെ ആ തെറ്റിദ്ധാരണ നീക്കാനാണോ ഭഗവാൻ യുദ്ധം ചെയ്യണ അർജുനനെ പിടിച്ചു പറയണത് യുദ്ധം ചെയ്താ പോലും ഞാനും നഷ്ടപ്പെട്ടു പോവില്ല ശരിക്കറിഞ്ഞാൽ ശരിക്ക് തെളിഞ്ഞാൽ ഞാൻ കർത്താവുമല്ല ഭോക്താവുമല്ല നിത്യശുദ്ധ ബുദ്ധമുക്തസ്വഭാവമായ ബ്രഹ്മവസ്തുവാണ് ഞാൻ എന്ന് ആർക്ക് തെളിഞ്ഞിരിക്കണോ അവന് യുദ്ധം ചെയ്യണതാണ് കർത്തവ്യമെങ്കിൽ പോലും ചലച്ചുപോല അയാൾക്ക് എന്തറിയാം ഈ ഉണർവേ സ്വരൂപമായ അനുഭവമേ സ്വരൂപമായ ഞാൻ മാത്രം ഉണ്മ ആ ഞാൻ ആകുന്ന ആത്മാവിൽ മനസ്സ് പൊന്തി വന്ന് ഇന്ദ്രിയങ്ങളിലൂടെ വെളിയിലേക്ക് വിജൃംഭണം ചെയ്ത് പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്ന ഒരു സിനിമയാണ് ഈ പ്രപഞ്ചം ഇവിടെ ശാശ്വതമായ ഒന്നുമില്ല ശാശ്വതമായത് ഈ സാക്ഷി ചൈതന്യം മാത്രം ഉള്ളിലുള്ള അവബോധം മാത്രം ബാക്കിയുള്ളതൊക്കെ വന്നും പോയും കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന ചിത്രങ്ങളാണ് അതിൽ ഒരു കളി കളിക്കുക തനിക്ക് നാടകത്തിൽ എന്ത് പാർട്ടാണോ ഉള്ളത് അതങ്ങട് കളിക്കുക അല്ലാതെ അതിൽ സീരിയസ്നെസ് ഒന്നും അയാൾക്കുണ്ടാവില്ല അയാൾക്ക് താൻ കർത്താവാണ് ഭോക്താവാണെന്നുള്ളത് പോയിപ്പോകും എന്നിട്ട് യുദ്ധം ചെയ്യൂ തത്രക്കാ പരിദേവന അവിടെ എന്തിനു ദുഃഖിക്കണം നാടകത്തിലെ കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ട് എടുത്താൽ കരഞ്ഞുകൊണ്ടിരിക്കും അല്ലേ നാടകത്തിൽ നടിക്കുന്ന ആൾക്ക് ഒരുപാട് സീരിയസ്നെസ് വന്നാൽ കരയും ഐഡന്റിഫിക്കേഷൻ ക്യാരക്ടറുമായിട്ട് ഐഡന്റിഫിക്കേഷൻ വന്നാൽ കരഞ്ഞു പോവും അപ്പോ അത് വരരുത് എന്നാണ് ഭഗവാൻ പറയുന്നത് വേഷം കെട്ടി കളിക്ക വസിഷ്ഠൻ രാമൻ ഉപദേശിച്ചിട്ട് രാമനോട് പറഞ്ഞു ആത്മതത്വം ഉപദേശിച്ചു ശ്രീരാമന് യോഗവാസിഷ്ഠം അങ്ങനെയാണ് അതായത് രാമൻ പത്ത് പതിമൂന്ന് വയസ്സിൽ തീർത്ഥയാത്രയ്ക്ക് പോയി ഇതൊന്നും വാൽമീകി രാമായണത്തിലുള്ള കഥയല്ല വാൽമീകി രാമായണം ഇരുപത്തിനാലായിരം ശ്ലോകം യോഗവാസിഷ്ടം മുപ്പത്തിരണ്ടായിരം ശ്ലോകം വാസിഷ്ഠത്തിൽ രാമന് വസിഷ്ഠന് ഉപദേശിക്കുന്നതാണ് മുഖ്യം അനേകം കഥകൾ വരും അതില് അതില് രാമന് ചെറുപ്പത്തിൽ പത്ത് പതിമൂന്ന് വയസ്സിൽ തീർത്ഥയാത്രയ്ക്ക് പോയി തീർത്ഥയാത്രയ്ക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോ രാമൻ ഒന്നിലും ഉത്സാഹവും ഇല്ലാതായി ഒരു മൂലയിലിരുന്ന് താടിക്കഴിയും കൊടുത്ത് ഞാൻ പട്ടാഭിഷേകവും എനിക്ക് വേണ്ട രാജ്യവും വേണ്ട എനിക്ക് ലോകത്തിലുള്ള ഒരു വ്യവഹാരവും വേണ്ട എവിടെ നോക്കിയാലും ജനങ്ങൾ അജ്ഞാനം കൊണ്ട് ദുഃഖിക്കണം ഞാൻ ലോകത്തിനെ കണ്ടു ആശയാകുന്ന പിശാശ് എല്ലാരെയും വലിച്ചു എഴച്ചുകൊണ്ട് നടക്കണം ഈ ലോക ജീവിതത്തിന് എന്തർത്ഥം അഹങ്കാരവശാദ്പത് അഹങ്കാ അഹങ്കൻ മൂലം കണ്ടെത്തി പക്ഷെ പരിഹരിക്കാൻ അദ്ദേഹത്തിന് വഴി കിട്ടാത്തത് കൊണ്ട് ദുഃഖിച്ചിരുന്നു വസിഷ്ഠനോട് പറയാണ് അഹങ്കാരവശാദ് അഹങ്കാരം കൊണ്ടാണ് എല്ലാ ആപത്തുകളും അഹങ്കാരാത് ദുരാതയ സകല ദുഃഖങ്ങളും വൈഷമ്യങ്ങള് അഹങ്കാരം കൊണ്ട് അഹങ്കാരവശാദ് ഡിസയേഴ്സ് അത് അഹങ്കാരം കൊണ്ടാണ് അഹങ്കാരാ പരോരിപുഹു അഹങ്കാരമല്ലാതെ വേറെ ഒരു ശത്രുവിനെ ഞാൻ കാണുന്നില്ല പക്ഷെ ആ അഹങ്കാരത്തിനെ എങ്ങനെ നശിപ്പിക്കും അതെങ്ങനെ ഇല്ലാതാക്കും എങ്ങനെ പരിപൂർണമായ ശാന്തി ഉണ്ടാവും ആ ശാന്തി ഉണ്ടായിട്ടില്ലെങ്കിൽ ജീവിതമാവുന്ന ഭാരം ചുവ ചുമക്കുന്ന വെറും കിഴട്ട് കഴുതയായിട്ട് പോകും ഞാൻ ജരടഗർദാഹ രാമൻ പറയണത് ജരടഗർദാഹ ജരടഗർദം വെച്ച കിഴട്ട് കഴുത വാർദ്ധക്യം ബാധിച്ച കഴുത അതിന് ചുമക്കാൻ പോലും വയ്യ അങ്ങനെ ജീവിതം പ്രയോജനമറ്റുപോകും അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് രാമചന്ദ്രന് വശിഷ്ഠൻ ബ്രഹ്മവിദ്യയെ ഉപദേശിച്ചത് തനിക്ക് അച്ഛൻ ബ്രഹ്മാവ് ഉപദേശിച്ചു തന്ന ആത്മതത്വം രാമൻ ഉപദേശിച്ചു രാമനോട് പറഞ്ഞു രാമ തനിക്ക് വന്നിരിക്കുന്ന ഈ ശോകം ഉം ലോകത്തിലെ സാധാരണ ആളുകൾ കണ്ടാൽ അവരൊക്കെ വിചാരിക്കും രാമൻ എന്തോ ഭ്രാന്ത് പിടിച്ചു എന്ന് വിചാരിക്കും ഒരു കാര്യത്തിനും രാജാവിന്റെ പുത്രനായി ജനിച്ചിട്ട് യാതൊന്നുമല്ല ഉത്സാഹവും ആഹാരം പോലും കഴിക്കാത്ത ഒരിടത്തിരിക്കും അസിഷ്ടൻ പറഞ്ഞു ഇത് നല്ല ലക്ഷണം ലോകം മുഴുവൻ ശോകമാണെന്ന് കണ്ടുവല്ലോ ശോകഹതം ചമസ്തം എന്ന് കണ്ടുവല്ലോ നല്ല ലക്ഷണം ഇനി ആ ശോകത്തിനുള്ള പരിഹാരം എന്നോട് ചോദിക്കുകയും ഞാൻ പറഞ്ഞുതരാം ചോദിക്കണം അപ്പോഴേ പറയാൻ പാടുള്ളൂ ഈ വസിഷ്ഠൻ പോലും അങ്ങനെയാ ബ്രഹ്മാവിന്റെ പുത്രനായിട്ട് വസിഷ്ഠൻ ജനിച്ചപ്പോ പൂർണനായിട്ട് അത്ര ജനിച്ചത് അതായത് അദ്ദേഹത്തിന് ജ്ഞാനത്തിന്റെ ആവശ്യമൊന്നുമില്ല പൂർണനായിട്ട് ജനിച്ചു ബ്രഹ്മാവന്റെ ജ്ഞാനത്തിൽ നിന്നാണ് ജനിച്ചത് വസിഷ്ഠനെ അപ്പൊ ബ്രഹ്മാവ് നോക്കി ഇദ്ദേഹത്തിനെ ലോകത്തിൽ ആചാര്യനായിട്ട് അയക്കേണ്ടതാണ് പൂർണനായിട്ട് ലോകത്തിൽ പോയി ജനിച്ചാൽ ലൗകികരുടെ ദുഃഖം എന്താന്നേ അവർക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് ഉപദേശിക്കാനുള്ള യോഗ്യത ഉണ്ടാവില്ല അതുകൊണ്ട് ബ്രഹ്മാവ് ഒന്ന് ശപിച്ചു തന്റെ മനസ്സ് ലോകം മുഴുവൻ ഒന്ന് ചലിക്കട്ടെ ഒന്ന് അലയട്ടെ എന്ന് ശപിച്ചു വസിഷ്ഠന്റെ മനസ്സ് ഒരു ക്ഷണം കൊണ്ട് ഒരുപാട് സംസാര ദുഃഖം അനുഭവിച്ചു അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു ഇനി ഇതിനുള്ള പരിഹാരം എന്നോട് ചോദിക്കാൻ ഞാൻ പറഞ്ഞുതരാം അപ്പൊ വശിഷ്ഠൻ ചോദിച്ചു ബ്രഹ്മ ഉപദേശിച്ചു അപ്പൊ മനസ്സിന് പൂർണ്ണശാന്തി തൃപ്തി പരിപൂർണത ഉണ്ടായി ആ ബ്രഹ്മവിദ്യയെ രാമൻ ഉപദേശിച്ചു രാമന്റെ മനസ്സും പൂർണ്ണമായ ശാന്തിയിലെത്തി രാമനോട് പറഞ്ഞു രാമ അഹങ്കാരത്തിനെ വേര് പറിച്ചെടുത്താ പോരാ അഹങ്കാരമാവുന്ന വൃക്ഷത്തിന്റെ വേര് പറിച്ചെടുത്താ പോരാ രാമകൃഷ്ണ പരമാംസ്വർ പറയും ആലുവർഷത്തിനെ പോലെയാണെന്നാണ് എത്ര വെട്ടിയാലും മുളയ്ക്കും ചിലപ്പോൾ മതിലിന്റെ ഓരത്തൊക്കെ മുളച്ചിട്ട് നമ്മളത് പോയിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് വേര് പറിച്ചു കളഞ്ഞാലും ശരി എവിടെയെങ്കിലും അല്പം ഉണ്ടെങ്കിൽ ഇതാ ഞാൻ ഉണ്ട് കേട്ടോ ഒന്ന് തല പൊക്കും അടുത്ത ദിവസം നശിക്കില്ല എത്ര പറിച്ചെടുത്താലും പിനിയും വരും അപ്പോ വസിഷ്ഠൻ പറയുന്നത് ഇതിനെ വേര് പറിച്ചെടുത്താൽ പോരാ വിത്ത് കത്തിക്കണം എന്നാണ് എന്നാലത് ശരിയാവും ഹങ്കാരമാവുന്ന വൃക്ഷത്തിന്റെ വിത്ത് അതിന്റെ സീഡ് അത് കത്തിക്കുന്ന അഗ്നിയാണ് ഞാൻ ആര് എന്നുള്ള വിചാരം കോഹം വിചാരം രാമ സ്വാത്മവിചാരോയം കോഹം ശ്യം ഇതിരൂപക ചിത്ത് ദുർദ്രുമബീജ്യ ദഹനേ ദഹന ഈ ചിത്തമാവുന്ന ദുഷ്ടവൃക്ഷത്തിന്റെ ബീജം കത്തിക്കുന്ന അഗ്നിയാണ് ഞാൻ ആര് എന്റെ സ്വരൂപം എന്താണ് എന്നീ തരത്തിലുള്ള ആത്മവിചാരം ഈ ആത്മവിചാരത്തിനെ ചെയ്യൂ ഞാൻ എന്നുള്ള അഹങ്കാരം എവിടെ ചലിച്ചു പൊന്തുണു എന്ന് നോക്കാം അത് ചലിച്ചു മനസ്സ് പൊന്ണത് മനസ് പൊന്തുമ്പോൾ പ്രപഞ്ചം മുഴുവൻ പൊന്തു സകല ദുഃഖങ്ങളും പൊന്തുണു അപ്പൊ മനസ്സ് പൊന്താൻ മൂലകാരണമായിട്ടുള്ള അഹങ്കാരത്തിന്റെ മൂലം അന്വേഷിച്ചാൽ ഹങ്കാരം പോയി ബ്രഹ്മത്തത്വം ഹൃദയത്തിൽ പ്രകാശിക്കും ആത്മതത്വം ഹൃദയത്തിൽ പ്രകാശിക്കും അതുകൊണ്ട് വിടാതെ ഞാൻ ആരാണ് ഞാൻ എന്നുള്ളതിന്റെ സ്വരൂപം എന്താണെന്ന് ആരാഞ്ഞുകൊണ്ടേയിരിക്കുക എന്ന് തത്വോപദേശം ചെയ്തു രാമൻ കുറച്ചു നേരത്തേക്ക് ഈ സമാധി പരിശീലിച്ചു രാമന് നല്ല ശാന്തി ഉണ്ടായി മനസ് ചലിക്കാതെ നിന്നു നിശ്ചലമായിട്ട് നിന്നു നാഭിയിൽ നിന്നും പുറപ്പെടുന്ന ഈ പ്രകാശകിരണം ബ്രഹ്മരന്ധ്ര പര്യന്തം പോയി ശരീരം മുഴുവൻ വ്യാപിച്ചു നിർവികൽപ്പമായ പ്രജ്ഞ തെളിഞ്ഞു രാമന്റെ ഉള്ളിൽ രാമൻ ചോദിച്ചു വസിഷ്ഠനോട് ഭഗവാനെ ഇനി ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു വസിഷ്ഠൻ പറഞ്ഞു രാമ ഒരിക്കലും ചലിക്കാത്ത അനുഭൂതി തനിക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി ഈ അനുഭവം ചലിക്കില്ല എന്തു തന്നെ ചെയ്താലും ചലിക്കില്ല ഇനി എന്ത് നാടകത്തിൽ നടിക്കുന്ന പോലെ ലോകത്തിൽ എന്തു വേണമെങ്കിൽ ചെയ്തോളൂ ഈ അനുഭൂതി ഇനി ചലിക്കില്ല ഗുരു കൃപ കൊണ്ട് ഉപദേശ ഗുരുപദേശം കൊണ്ട് ഏതൊരു സമാധി സിദ്ധിച്ചോ അത് നഷ്ടപ്പെട്ടു പോകില്ല ലോകത്തിന് ബാക്കിയുള്ള കലകളൊക്കെ നഷ്ടപ്പെട്ടു പോകും സർവാപ്യേവ കലാ ജന്തോഹോ അനഭ്യാസേന നശ്യത്തി ഇയം ജ്ഞാനകലാത്യന്ത സകൃജാത അഭിവർദ്ധതയെന്ന് ലോകത്തിലുള്ള മറ്റ് കലകളൊക്കെ അഭ്യാസം ചെയ്തില്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും ഡാൻസ് പാട്ട് അതൊക്കെ പക്ഷെ ഈ സമാധിയാവുന്ന കല ബ്രഹ്മാനുഭൂതി ഒരിക്കൽ സിദ്ധിച്ചാൽ അത് നഷ്ടപ്പെട്ടു പോവുകയല്ല ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ഉള്ളിലതിങ്ങനെ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടേയിരിക്കും സഹൃജാത അഭിവർദ്ധതയെന്നാണ് അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടേയിരിക്കും ഇനി നഷ്ടമാവില്ല അതുകൊണ്ട് ഇനി രാമ സ്വതന്ത്രമായിട്ട് ലോകത്തിൽ പ്രവർത്തിക്കും അപ്പൊ രാമൻ വീണ്ടും ചോദിച്ചു ഭഗവാനെ ഞാൻ എന്താ ചെയ്യേണ്ടത് വ്യക്തമായിട്ട് പറയൂ അപ്പൊ വശിഷ്ഠൻ പറഞ്ഞു രാമ താൻ രാജാവാകേണ്ട ആളാണ് രാജാവായിട്ടിരിക്കേണ്ട ആള് സന്യാസിയെ പോലെ ഇരുന്നാൽ ആളുകൾ മുഴുവൻ മുതലെടുക്കും കോപപ്പെടാതെ നമ്മളുടെ രാജാവ് വളരെ പാവമാണ് അദ്ദേഹത്തിന് കോപമേ വരില്ല എന്നറിഞ്ഞാൽ ഉള്ളവനൊക്കെ ഡോർമേറ്റായിട്ട് ഉപയോഗിക്കും അതുകൊണ്ട് അകമേക്ക് ഒരു ചലനവും കൂടാതെ എന്നുവെച്ചാൽ ഇനി ചലിക്കില്ല പുറമേക്ക് കോപമൊക്കെ നടിച്ചോളാം പുറമേക്ക് സകല കർമ്മവും ചെയ്തോളൂ അകമേക്ക് ചലനവും ഉണ്ടാവാൻ പാടില്ല ബഹി കൃത്രിമ സംരംഭ അന്ത സംരംഭവർജിത കർത്ത ബഹി അകർത്ത അന്ത ലോകേ വിഹരരാഘവ ലോകത്തില് വിഹരിക്കുക എന്നാണ് പുറമേക്ക് ഒക്കെ ചെയ്തുകൊണ്ടും എന്നാൽ അകമേക്ക് ചലിക്കാതെയും പുറമേക്ക് ദേഷ്യമൊക്കെ നടിച്ചുകൊണ്ടും ആജ്ഞകളൊക്കെ കൊടുത്തുകൊണ്ടും അകമേക്ക് അല്പം പോലും കോപമോ വെറുപ്പോ ഇല്ലാതെയും പുറമേക്ക് അനേകം പേരോട് ആസക്തി ഉള്ള പോലെ സ്നേഹമുള്ള പോലെ എല്ലാവരെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് വഴി കാണിച്ചു കൊടുത്തുകൊണ്ട് ആസക്തി കാണിച്ചുകൊണ്ട് മക്കളെയോടും പേരക്കുട്ടികളോടും പ്രജകളോടും എല്ലാം സ്നേഹം കാണിച്ചുകൊണ്ടിരുന്നുള്ളൂ പക്ഷേ അകമേക്ക് ആരോടും ഒട്ടിപ്പോകരുത് അങ്ങനെ എന്ന് വെച്ചാൽ ഒട്ടില്ല ഈ വസ്തു ഞാൻ ഉദിച്ചു സ്വതന്ത്രമായിട്ട് ഇനി ലോകത്തിൽ വിഹരിക്കുന്നു തന്റെ ധർമ്മം ചെയ്യൂ തന്റെ നാടകത്തിലുള്ള ഈ റോൾ ഉണ്ടല്ലോ വേഷം ആ വേഷം നടിക്കുക വേഷം കലഞ്ഞു പോകരുത് ഒരുപാട് അനുഭൂതി തെളിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ വേഷം മാറിപ്പോയി കളയും നരസിംഹാവതാരം നാടകം നടക്കുമ്പോ ഹിരണ്യ കശിപുവിന്റെ റോള് തകർക്കണു ഒരാള് ഗംഭീരമായിട്ട് അയാളുടെ നടിക്കുന്നത് കണ്ട ആളുകള് അങ്ങനെ തന്മയും പ്രാപിച്ചിരിക്കുക അലറി വിളിക്കുകയാണ് എവിടെയടാ വിഷ്ണു തൂണു പൊട്ടിച്ചു തൂണു പൊട്ടി വീണപ്പോ നരസിംഹം അലറികൊണ്ടുവന്നു കണ്ട ഉടനെ ഇരണ്ണി കശിപു ഗതയൊക്കെ ചോട്ടിലിട്ടിട്ട് ശ്രീമത് പയോനിധിനികേതന ചക്രപാണി ലക്ഷ്മി നരസിംഹം അമദേഹി കരാവലംബം സ്തോത്രം ചെയ്ത് നമസ്കരിച്ചു അത്രേ പരമഭക്തനായിരുന്നു അദ്ദേഹം നാടകത്തിലെ റോളൊക്കെ മറന്നുപോയി നരസിംഹത്തിനെ കണ്ടപ്പോ നരസിംഹത്തിനെ കണ്ടപ്പോ തന്റെ റോളൊക്കെ മറന്നുപോയി വേഷമൊക്കെ മറന്നുപോയി ഉള്ളിലുള്ളത് പുറത്തു വന്നു അപ്പോ ഉള്ളിലുള്ളത് പുറത്തു വരാൻ അനുവദിക്കരുത് എന്നാണ് തൽക്കാലത്തേക്ക് അറിയേണ്ടത് അറിഞ്ഞിട്ട് പുറമേക്ക് നാടകത്തിൽ പോലെ നടിച്ചോളാം അപ്പൊ സ്ഥിതിയിലേക്കാണ് ഭഗവാൻ അർജുനനെയും കൊണ്ടുവരുന്നത് സത്യം അറിഞ്ഞിട്ട് യുദ്ധം ചെയ്യും യുദ്ധം ചെയ്യലല്ല മുഖ്യം യുദ്ധമല്ല എന്ത് ചെയ്താലും കുഴപ്പമില്ല സത്യം അറിഞ്ഞിട്ട് അടുക്കളപ്പണി ചെയ്തിരിക്കുക സത്യം അറിഞ്ഞിട്ട് യുദ്ധം ചെയ്യൂ സത്യമറിഞ്ഞ് ജനകമഹാരാജാവിനെ പോലെ രാജ്യം ഭരിക്കും സത്യം അറിഞ്ഞ് ശുഭബ്രഹ്മ മഹർഷിയെ പോലെ അവധൂതനായിട്ട് നടക്കും അതൊക്കെ അവരവരുടെ പ്രാരബ്ധം നിശ്ചയിക്കലല്ല ഈശ്വര നിശ്ചയം പോലെ അവരവർക്ക് എന്തു പ്രാരബ്ധമോ അതിനനുസരിച്ച് അവരവരുടെ ജീവിതത്തിൽ അത് നടക്കണു അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു ദുഃഖിക്കരുതണം അപ്പൊ ഈ സത്യം അറിഞ്ഞ ആളെ ആ സത്യത്തിനെ ബ്രഹ്മവിദ്യയെ വളരെ അപൂർവമാണ് ലോകത്ത് വളരെ അപൂർവം ഈ വിദ്യ ഇത്രയൊക്കെ നമ്മളിപ്പോ പറയുന്നുണ്ടല്ലോ തെരഞ്ഞു നോക്കിയാൽ ഇത്രയധികം നമുക്ക് പ്രചാരങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ ആത്മവിദ്യ വളരെ വിരളമാണ് അതെവിടെയെങ്കിലുമൊക്കെ ആശ്ചര്യമായിട്ട് കേൾക്കണമെന്നാണ് ഭഗവാൻ തന്നെ പറഞ്ഞത് അതാണ് അടുത്ത ശ്ലോകം നോക്കാം ആശ്ചര്യനം ആശ്ചര്യവത് വ്യവ് ചൈനമന്യ ശൃണോതി ശ്രുവാപ്പനം വേദന ചൈ കിത് ആശ്ചര്യ ആശ്ചര്യം സാധാരണേ അറിവിലായണ ലക്ഷണമാണ് എക്സൈറ്റ്മെന്റ് ആണ് ആശ്ചര്യം അല്ലെ ആശ്ചര്യം എവിടെ ഉണ്ടോ അവിടെ മനസ്സുണ്ട് വികാരമുണ്ട് അതൊരു വികാരമാണ് ആശ്ചര്യം എന്ന് പറയണത് ഒരു വികാരം സദാശിവ ബ്രഹ്മേന്ദ്ര സരസ്വതി സ്വാമികൾ ആത്മവിദ്യാവിലാസത്തില് ഒരു ശ്ലോകത്തില് പറയുന്നത് ചത്തുപോയ ശവം എഴുന്നേറ്റ് നിന്ന് ഡാൻസ് കളിച്ചാൽ പോലും ജീവൻ മുക്തന്മാർ ആശ്ചര്യപ്പെടില്ല എന്ന് എന്താന്ന് മായയിൽ എന്തും സംഭവിക്കാം അഘടിതഘടനാ പട്ടീയ സീ ആശ്ചര്യപ്പെടില്ല പിന്നെ ഇവിടെ ആരുടെ ആശ്ചര്യമാ പറയണത് മറ്റുള്ളവരുടെ ദൃഷ്ടിക്ക് ഈ ബ്രഹ്മവിദ്യ ഒരാശ്ചര്യം ആത്മാ ഒരാശ്ചര്യം ആത്മാവിനെ കാണുക എന്നുള്ളത് ഒരാശ്ചര്യം ഭഗവാൻ പറയുന്നു ആശ്ചര്യപത് പശ്യതി കശ്യതേനും വളരെ ആശ്ചര്യമായിട്ട് അത്ഭുതമായിട്ട് ഇതിനെ ലോകത്തിലുള്ളവർ കാണുന്നു ചിലർ കാണുന്നു പലരും ഇതിനെ കാണുന്നു കശ്യ ജന ആശ്ചര്യവത് ഏനം പശ്യൻ ഒരർത്ഥം ആത്മാവിനെ കണ്ടെത്തുന്നവൻ ഒരാശ്ചര്യം അദ്ഭുതം അയാൾ എങ്ങനെ കണ്ടെത്തി എന്ന് പറയാൻ പറ്റില്ല ആത്മാവിനെ കണ്ടെത്തവാൻ ഒരു നിയമവും വയ്ക്കാൻ പറ്റുന്നില്ല നിയമങ്ങളൊക്കെ നമ്മൾ ലോകത്തിൽ വെച്ചിട്ടുണ്ടെങ്കിലും പലപ്പോഴും ഈ നിയമത്തെ ഒക്കെ മറികടന്നിട്ട് ആരൊക്കെയോ കണ്ടെത്തുന്നു അപ്പോ അദ്ദേഹത്തിന് എങ്ങനെ ഈ സത്യം കിട്ടി ആശ്ചര്യം അദ്ഭുതം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്തൊക്കെ ചിലപ്പോൾ ഈ ജ്ഞാനം കിട്ടും മഹാഭാരതത്തുള്ള ഒരു കഥയുണ്ടല്ലോ ഈ കൗശികൻ തപസ്സിനായിട്ട് പോയി അച്ഛനും അമ്മയും ഒക്കെ വീട്ടിലുണ്ട് അവരെയൊക്കെ ഉപേക്ഷിച്ചിട്ട് തപസ് ചെയ്യാനായിട്ട് പോയി തപസ് ചെയ്യാൻ പോയി അദ്ദേഹത്തിന് തപസ് ചെയ്ത് തപസ് ചെയ്ത് കുറെ സിദ്ധികളൊക്കെ ഉണ്ടായി ഈ സിദ്ധികൾ വേറെ ജ്ഞാനം വരെ സിദ്ധിയൊന്നും ജ്ഞാനമല്ല ആളുകൾ ഇതൊക്കെ കണ്ട് ഭ്രമിച്ചു കളയും ഈ സിദ്ധിയൊക്കെ ജ്ഞാനമാണെന്ന് വിചാരിക്കും ജ്ഞാനിക്കൊരു സിദ്ധിയോ ആവശ്യമില്ല സ്വപ്നോപമാനാ കനു സിദ്ധയോന്യണം മഹർഷി പറഞ്ഞു സകല സിദ്ധികളും സ്വപ്നമാണെന്നാണ് ഈ ലോകത്തിന്റെ ഒരു ഭ്രമമേ നമുക്ക് വിട്ടുപോകാൻ വിഷമമായിരിക്കണം അങ്ങനെ സിദ്ധികളുടെ പുതിയൊരു ലോകം അതിൻ്റെ ഉള്ളിൽ ആദ്യ കിടന്നും പെരളണോ അപ്പൊ സിദ്ധികളൊക്കെ വെറും സ്വപ്നം അതൊക്കെ കുറച്ച് ശരീരത്തിനും ഒന്ന് ക്ലേശിപ്പിക്കുകയോ മറ്റോ ഒക്കെ ചെയ്താൽ സിദ്ധികളുണ്ടാവും ഇപ്പൊ നമ്മളെ കാണാൻ സിദ്ധിയുള്ളവരാണോ പക്ഷികളോ അവർക്ക് പറകാനുള്ള സിദ്ധിയുണ്ട് അതുകൊണ്ട് എന്ത് വിശേഷം ഇന്ന് സയൻസ് വലിയ സിദ്ധിയാണോ കാണിക്കണത് പണ്ട് ഒരു വ്യക്തി ചെയ്തിരുന്ന സിദ്ധിയെ ഇന്നിപ്പോൾ മെറ്റീരിയൽ മാറ്റർ ഉപയോഗിച്ച് ഇവിടെ ഇരുന്നാൽ അമേരിക്കയിലുള്ള ആളോട് വർത്തമാനം പറയാം അയാളെ കണ്ടുകൊണ്ട് വർത്തമാനം പറയാം എടാ ഇവിടെ ഇരിക്കുമ്പോഴാണ് ഈ ഫാൻ ഇങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഫാനിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റുമോ മൈക്കിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റുമോ ഇതൊക്കെ സിദ്ധിയാണ് ഇലക്ട്രിസിറ്റി ചൂട് കാലത്ത് എ സി സിദ്ധിയല്ലേ ഇതൊന്നും കുറെ കാലം മുമ്പ് ആലോചിക്കാൻ വയ്യ ഇതൊക്കെ സിദ്ധികളാണ് പക്ഷെ ഈ സിദ്ധികളൊന്നും നമുക്ക് ശാന്തിയോ ജീവിതത്തിൽ ദുഃഖപരിഹാരമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ സിദ്ധി കാണിക്കുന്ന സിദ്ധന്റെ സിദ്ധികളൊക്കെ മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്താൻ കൊള്ളാം എന്നല്ലാതെ സിദ്ധന് ഒന്നും പ്രയോജനപ്പെടില്ല മാത്രമല്ല ആ സിദ്ധികൾ അയാളിലൂടെ എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ള ആ ഓപ്പറേറ്റിംഗ് മെത്തേഡ് പോലും അയാൾക്ക് അറിയില്ല ഉള്ളൂ അത് എങ്ങനെ നടക്കുന്നു ചോദിച്ചാൽ അയാൾക്കെ അറിയില്ല കലകളൊക്കെ സിദ്ധികളാണ് എല്ലാ കലകളും സിദ്ധികളാണ് പക്ഷെ സിദ്ധികളൊന്നും ജ്ഞാനത്തിന്റെ ലക്ഷണമല്ല ജ്ഞാനികളിൽ ചിലപ്പോൾ സിദ്ധി കാണും അത് ഒരുപക്ഷെ ജ്ഞാനത്തിനായിട്ട് അവർ പ്രയത്നിക്കുമ്പോ ചെയ്ത സാധനകളുടെ ഫലമാണ് വേറെ സാധനകളുടെ ഫലം ചിലപ്പോ ജ്ഞാനത്തിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ സകല സിദ്ധികളും അവർക്ക് വരും അവർ പക്ഷെ ആവശ്യപ്പെടില്ല ആഗ്രഹിക്കില്ല കൊടുത്താൽ പോലും അംഗിക്കില്ല ജ്ഞാനത്തിന് ശേഷം പ്രപഞ്ചത്തിലുള്ള സകല സിദ്ധികളും അവരുടെ കയ്യിലാണ് ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ ആചാര്യസ്വാമികൾ പറയുന്നു സാദ് ഈശ്വരത്വം സ്വതസിദ്ധിയേത് പുനരഷ്ടതാപരിണതം ഐശ്വര്യമവ്യാഹതം എട്ട് സിദ്ധികളും ഈശ്വരത്വം തന്നെ ഞാനിക്ക് സിദ്ധമാണ് കയ്യിൽ പക്ഷേ സ്വീകരിക്കില്ല അപ്പോ സിദ്ധികള് ഈ കൗശികനെ കുറിച്ച് സിദ്ധി ഉണ്ടായി തപശക്തി ഉണ്ടായി മരത്തിന്റെ ചോട്ടലിരുന്ന് ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോ മേലുള്ള കാക്ക കാഷ്ടിച്ചു കാഷ്ടിച്ച് മുട്ടത്തലയിൽ വീണു കോപിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് നോക്കിയപ്പോ ഇയാൾക്ക് അറിയില്ല ഇയാൾക്ക് സിദ്ധി വന്നിട്ടുണ്ടെന്ന് നോക്കിയപ്പോ ആ ദൃഷ്ടിയിലൂടെ ഉള്ള ഈ കോപശക്തി ഉണ്ടല്ലോ അത് ഈ കാക്കയെ ഭസ്മമാക്കി ചുവട്ടലിട്ടു കാക്കയോ കൊറ്റിയോ ഒരു പക്ഷേ അത് ഭസ്മമായി ചുവട്ടൽ വീണു ഇയാൾക്ക് അപ്പോഴാണ് മനസ്സിലായതോ തനിക്ക് സിദ്ധി വന്നിട്ടുണ്ടോ സിദ്ധികൾ വരേണ്ടത് അവർക്കൊന്നും അറിയില്ല തനിക്ക് സിദ്ധി വന്നിട്ടുണ്ട് അപ്പോ സിദ്ധിയോടുകൂടെ അഹങ്കാരവും വരും എന്താന്ന് വെച്ചാൽ അഹങ്കാരനാശമൻ ആയിട്ടില്ലേ അത് വേറെ ഇത് വേറെ സിദ്ധിയോടുകൂടെ എനിക്ക് ഈ സിദ്ധികളൊക്കെ ഉണ്ട് എന്നുള്ള അഹന്തയും കൂടെ പൊത്തു അപ്പൊ ജ്ഞാനം ആശ്ചര്യമാണ് എന്താന്ന് വെച്ചാൽ ജ്ഞാനം അത്ര എളുപ്പത്തിലൊന്നും ആളുകളുടെ ഉള്ളിൽ കടക്കില്ല നമ്മളിപ്പിത്രയൊക്കെ പറയുന്നു ഇത്ര പേരും ഒക്കെ കേൾക്കണ്ടല്ലോ ആശ്ചര്യവത്ത് കശ്യത് ശിരുണോ മെനി ഹിയേഴ്സ് വെരി ഫ്യൂ ലിസൺസ് എന്നാണ് ചെവിയിൽ വീഴും പക്ഷെ വസ്തു ഉള്ളിൽ കിടക്കണമെങ്കിൽ അതിന് ആശ്ചര്യവത്ത് എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞു വച്ചിരിക്കുന്നു ശ്രവണായാ ബഹുബിറിയോന ശൃൺവന്തോ വി ബഹവോ യംന വിദ്യുഹുന്ന് കേട്ടാ പോലും ഗ്രഹിക്കില്ല ഗ്രഹിക്കാൻ ആശ്ചര്യം ആയിരിക്കട്ടെ അപ്പോ ഈ കൗശിക ബ്രാഹ്മണാണ് ഈ സിദ്ധിയോടുകൂടെ ഭിക്ഷ എടുക്കാൻ പോയി ഭിക്ഷ എടുക്കാൻ പോയപ്പോ ഒരു വീട്ടിന്റെ ഉമർത്ത് ചെന്നു ആ ആ ഗൃഹസ്ഥ സ്ത്രീ അവരൊരു ബ്രഹ്മനിഷ്ഠയായിരുന്നു ഇങ്ങനെ അനേകം പേര് ഇപ്പോഴുമുണ്ട് നമ്മുടെ നാട്ടിൽ ജ്ഞാനികളായി ചിലപ്പോ സാധാരണ ഗൃഹസ്ഥ സ്ത്രീകളായിരിക്കും അവരുടെ ധർമ്മം ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ ഉള്ളിലെപ്പോഴും കർത്തൃത്വഭോക്തൃത്വ ശൂന്യമായ സമാധി അങ്ങനെ അനേകം പേരുണ്ടായിരുന്നു സാധാരണ ഗൃഹസ്ഥ തലത്തിൽ തന്നെ ഉണ്ടായിട്ടു പ്രസിദ്ധരായിട്ടുള്ളവരും പ്രസിദ്ധരല്ലാത്തവരും പ്രസിദ്ധരായിട്ട് രണ്ടു മൂന്ന് പേരുണ്ടായിരുന്നതാണ് ഒരു രമാദേവി അമ്മ ഉണ്ടായിരുന്നു ഗൃഹസ്ഥയായിട്ട് തന്നെ ജീവിച്ചു തഞ്ചാവൂരിലെ ജാനകി മാതാവ് ഉണ്ടായിരുന്നു ഗൃഹസ്ഥയായിട്ട് തന്നെ ജീവിച്ചു ജ്ഞാനികളായിരുന്നു അവരൊക്കെ അതോ അവരൊക്കെ അറിയപ്പെട്ടവര് അറിയപ്പെടാത്തവര് എത്രയോ പേര് അപ്പോ ഈ അമ്മയുടെ വീ വീട്ടുമ്മർത്ത് ചെന്ന് കൗശിക ബ്രാഹ്മണൻ നിന്നപ്പോ അമ്മ വേണമെന്ന് തന്നെ കുറച്ച് നേരമാക്കി ഭർത്താവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് നിന്നു ഇദ്ദേഹത്തിനൊന്നും പാഠം പഠിപ്പിക്കണം റിയണം സത്യം അറിയിപ്പിക്കണം അപ്പോ ഭർത്താവിനെ ശുശ്രൂഷിച്ചു നിന്നു ഇദ്ദേഹം കുറെ നേരം കാത്തപ്പോ ദേഷ്യം വന്നു ഞാൻ ഇത്ര നേരം നിൽക്കണു തപസ്വി എനിക്ക് ഭിക്ഷ തരാൻ വഹിക്കണം ദേഷ്യം വന്നപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ അമ്മ ഭിക്ഷ കൊണ്ടു വന്നപ്പോ നോക്കി അപ്പൊ ആ അമ്മ നോക്കിയാൽ എരിഞ്ഞു വീഴാൻ ഞാൻ കാക്കയൊന്നുമല്ല ഇദ്ദേഹത്തിന് ആശ്ചര്യം കാക്കയെ ഞാൻ എരിച്ചത് ഈ അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി ഈ സിദ്ധികളൊക്കെ വളരെ ലളിതമാണ് ഈ സിദ്ധികളൊക്കെ എങ്ങനെ നടക്കണോ അറിയോ ഇതിന്റെ പ്രോസസ് അവര് മുൻകൂട്ടി ഇങ്ങനെ അറിഞ്ഞുവെച്ചതൊന്നുമല്ല നമ്മുടെ സിനിമയിൽ കാണിക്കണം പോലെ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ജ്ഞാനികൾക്ക് അവർക്ക് പേഴ്സണാലിറ്റിയേ ഇല്ല ഈ മുമ്പിൽ പോണവരുണ്ടല്ലോ അവര് തന്നെ ശക്തമായിട്ട് എനിക്കിതൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുമ്പോ ജ്ഞാനികൾക്ക് അണ്ണാടി പോലെയാണ് ഇവരുടെ ഉള്ളു മുഴുവനെ അവരിൽ റിഫ്ലക്ട് ആവും അവര് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് എന്റെ ഇതൊക്കെ ഉണ്ടോ എന്ന് കൊടുക്കുകയാണ് അതുകൊണ്ട് അവരറിയണതാണ് അല്ലാതൊന്നും പ്രത്യേക പ്രോസസ്സൊന്നുമില്ല രണ്ടു വിധത്തിൽ ജ്ഞാനികൾക്കും മറ്റുള്ളവരുടെ മനസ്സറിയാം ഒന്ന് എന്താന്ന് വെച്ചാൽ ഈ പോകുന്ന ആൾക്ക് അവരോട് അപാരമായ ഭക്തിയും ബഹുമാനവും ഉണ്ടെങ്കിൽ അദ്ദേഹം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള സകല അറിവും അവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അപ്പവും കൊടുക്കും രണ്ട് വെറുത്തുകൊണ്ടുപോയാലും കൊടുക്കും എന്താന്ന് വെച്ചാൽ ഈ സൈക്കിക് എനർജി കമ്മ്യൂണിക്കേറ്റ്സ് അതിങ്ങനെ ഡയറക്റ്റായിട്ട് ഹൃദയത്തിലേക്ക് കൊടുക്കും അവർ മനസ്സിലാക്കും ഇവർ വന്നിരിക്കണവരാരാണ് എന്ത് ഉദ്ദേശത്തോടെ വന്നിരിക്കണോ എല്ലാം അല്ലെങ്കിൽ അവർക്ക് തന്നെ ഈശ്വരേച്ഛയ ഈ വന്നിരിക്കണ ആളെ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാനുള്ള ഒരു കമ്പാഷൻ ദയാരുണ്യം ഉണ്ടാകണമെങ്കിൽ ആ കാരുണ്യ ശക്തി കൊണ്ട് ഇവരെ മുഴുവൻ വിഴുങ്ങിക്കളയും അമ്മയ്ക്ക് അദ്ദേഹത്തിനെ കണ്ട ഉടനെ തുറച്ചു നോക്കിയപ്പോ തന്നെ മനസ്സിലായി എരിഞ്ഞു പിഴാ ഞാൻ പക്ഷിയൊന്നും എന്ന് പറഞ്ഞു ആ ഇൻസ്റ്റന്റിലുണ്ടാവുന്നതാണ് അപ്പൊ അദ്ദേഹം നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു അമ്മ അങ്ങ നിങ്ങൾക്ക് ഈ സിദ്ധി എവിടെ അമ്മ പറഞ്ഞു ഇതെന്റെ സിദ്ധിയൊന്നും അല്ലപ്പ സിദ്ധി ആർക്ക് സിദ്ധികളൊക്കെ ദുഃഖത്തിന് കാരണമാണ് ഈ സിദ്ധിയൊന്നും താങ്കൾക്ക് പ്രയോജനപ്പെടില്ല മനസ്സിന് ശാന്തി വേണം പരിപൂർണ തൃപ്തി വേണം ശാന്തിയാണ് എല്ലാറ്റിനെക്കാളും വലിയ സിദ്ധി ബാക്കി സിദ്ധികളൊക്കെ ചെയ്യണമെങ്കിൽ മനസ്സ് വേണം മനസ്സുള്ളത്തോളം സമാധാനം ഉണ്ടാവില്ല ഈ മനസ്സ് ഒഴിഞ്ഞു പോയ ശാന്തി അമനീഭാവസ്ഥിതിയെ അറിയണം ഈ ജ്ഞാനം എനിക്ക് എവിടുന്നു ഈ അമനീഭാവസ്ഥിതി എന്നുള്ള വാക്കേ ആദ്യമായിട്ടാണ് കേൾക്കണത് എല്ലാം മനസ്സുകൊണ്ടുള്ള വിദ്യയാണല്ലോ നമുക്ക് മനസ്സിന് അതീതമായിട്ടുള്ള വിദ്യ ബോധത്തിനെ കുറിച്ചുള്ള രഹസ്യം അത് ആശ്ചര്യവത് ശൃണോതി എവിടെയോ ആശ്ചര്യമായിട്ടാണ് ചെവിയിൽ വീണത് ഞാനിത് എവിടുന്ന് പഠിക്കും ഈ അമ്മ ഒരാശ്ചര്യമാണ് ഇയാൾക്ക് ഇയാള് വിചാരിച്ചിരിക്കുന്നത് കഠോരമായിട്ട് തപസ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ നേടണം താൻ പ്രയത്നിച്ച് നേടിയതൊക്കെ ഈ അമ്മയുടെ നിസർഗമായ ജ്ഞാനത്തിന് മുമ്പിൽ തുച്ഛമായിട്ട് പോയി അപ്പൊ ഈ അമ്മ പറഞ്ഞു ശരി ഒരു കാര്യം ചെയ്യൂ ധർമ്മവ്യാധൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട് അയാളുടെ അടുത്ത് പോയി ചോദിക്കുക അയാൾ ഇതൊക്കെ പറഞ്ഞുതരും അയാൾ എവിടെയാളുള്ളത് കാശിയിലുണ്ടോ പോയി ചോദിക്കും ധർമ്മവ്യാധന്റെ അടുത്തേക്ക് പോയി ഈ കൗശിക ബ്രാഹ്മണൻ അന്വേഷിച്ച് അന്വേഷിച്ച് ഈ അമ്മ പറഞ്ഞ സ്ഥലം ധർമ്മവ്യാധനെ കുറെ ആളുകൾ അറിയണു അന്വേഷിച്ചു പോയപ്പോ ഈ ധർമ്മവ്യാധൻ ഏതെങ്കിലും സന്യാസി ആയിരിക്കും എന്ന് വിചാരിച്ചു നമ്മൾ ജ്ഞാനത്തിന് നമ്മളുടെ പ്രീ കൺസീവ് ഐഡിയാസൊക്കെ വെച്ചുകൊണ്ട് അന്വേഷിച്ചാൽ പലപ്പോഴും കിട്ടില്ല സന്യാസികളിലേ കിട്ടുള്ളൂ എന്ന് വിചാരിച്ച അന്വേഷിച്ചു സന്യാസികളുടെ ഇടയിൽ അങ്ങനെ ഒരു പേരൊന്നും കിട്ടിയില്ല ആരോ അറിവുള്ളവർ പറഞ്ഞു ഇന്ന സ്ഥലത്ത് പോയാൽ കാണാം പോകുമ്പോ ഒരു വൃത്തികെട്ട തെരുവ് ആ തെരുവിൽ ഒരാള് മാംസം വെട്ടിക്കൊണ്ടിരിക്കണം ഇയാളെ കണ്ടപ്പോ തന്നെ അറയ്ക്കണമെന്നാറുന്നു ബ്രാഹ്മണൻ അയാൾ ദൂരത്തുനിന്ന് ചോദിച്ചു ആ സ്ത്രീ പറഞ്ഞിട്ട് വരണതല്ലേ ആ ഗൃഹസ്ഥ അമ്മ പറഞ്ഞിട്ട് വരണതല്ലേ വരൂ കൗശിക ബ്രാഹ്മണനല്ലേ ചോദിച്ചു അത്രേം ഇദ്ദേഹത്തിന് ഈ ധർമ്മവ്യാധന്റെ ഈ ശക്തി കണ്ട് ആശ്ചര്യപ്പെട്ടു എന്നിട്ട് ഈ ധർമ്മവ്യാധൻ തത്വോപദേശം ചെയ്തു ഈ ബ്രാഹ്മണനെന്നാണ് കഥ അപ്പൊ ധർമ്മവ്യാധനോട് ചോദിച്ചു ഇത്ര നീചമായ പ്രവൃത്തി ചെയ്യണു അപ്പൊ ധർമ്മവ്യാധൻ പറഞ്ഞു ഞാൻ നീജമായ പ്രവൃത്തി ചെയ്യണു ഞാനായിട്ട് ആഗ്രഹിച്ച് ഇങ്ങനെ ഒരു പ്രവൃത്തി എടുത്തൊന്നുമില്ല ഇത് എന്റെ അംബീഷൻ ഒന്നുമല്ല എന്റെ ഡിസയർ എന്റെ ആഗ്രഹം കൊണ്ട് ഞാൻ ഈ പ്രവൃത്തി ചെയ്താൽ എനിക്ക് പണം കിട്ടുന്നു പറഞ്ഞ് ഞാൻ ചെയ്യാൻ പുറപ്പെട്ടില്ല പരമ്പര പരമ്പരയായിട്ട് ഇങ്ങനെയൊരു വംശത്തിൽ ഞാൻ ജനിച്ചു അത് ഈശ്വരേച്ഛ എന്റെ അച്ഛനും മുത്തച്ഛനും ഒക്കെ ഇത് ചെയ്തുകൊണ്ടിരുന്നു അത് ചെയ്തോണ്ടേ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഞാനും ഉണ്ടായത് ഞാൻ കർത്താവോ ഭോക്താവോ അല്ല ആ സത്യജ്ഞാനം അറിഞ്ഞുകൊണ്ട് ശരീരം പിന്നെയും അതേ പ്രവർത്തി ചെയ്തുകൊണ്ടിരിക്കണു അത്രയുള്ളൂ വിദുഷക്രിയമാണം കർമ്മ അകർമ്മ ഇവ ആചാര്യസ്വാമികളുടെ ഭാഷ്യമാണ് ഈ അറിവ് സിദ്ധിച്ചവൻ ചെയ്യുന്ന കർമ്മം കർമ്മമേ അല്ല അകർമ്മമാണ് അയാൾ ചെയ്യുന്ന കർമ്മമൊന്നും അയാളെ ബാധിക്കണേ ഇല്ല സ്പർശിക്കണേയില്ലാന്ന് ആ കർമ്മം അയാൾക്ക് കർത്തൃത്വമില്ലാത്തതുകൊണ്ട് എന്നെ സ്പർശിക്കണില്ല അപ്പോ ഈ കൗശിക ബ്രാഹ്മണൻ ഈ ധർമ്മവ്യാധനെ ആശ്ചര്യമായിട്ട് നോക്കാം ഈ അടുത്ത കാലത്ത് അതുപോലെ ഒരു ജ്ഞാനി ഉണ്ടായിരുന്നു മഹർഷിയുടെ അതേ രമണ മഹർഷിയുടെ അതേ ഉപദേശമാർഗമായിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പുസ്തകം അവസാന കാലത്ത് കാട്ടുതീ പോലെ പഠനം പിടിച്ചു ബോംബെയില് ഇതുപോലെ ഒരു തെരുവില് വൃത്തികെട്ട ഒരു തെരുവിലായിരുന്നു ജീവിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ തൊഴിൽ എന്താ അറിയോ വീടിതെരക്കാം നിസർഗത്ത മഹാരാജ് എന്ന് അദ്ദേഹത്തിന്റെ പേരായി വീടിതെരക്കണ തൊഴിലായിരുന്നു അദ്ദേഹം പഠിച്ചിട്ടില്ല മറാത്തി ഭാഷയെ അറിയുള്ളൂ വേറെ ഒന്നും അറിയില്ല അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ കുടുംബസ്ഥൻ നാലഞ്ചു കുട്ടികളുമുണ്ട് സിദ്ധരാമേശ്വർ മഹാരാജെന്ന് പറഞ്ഞ നവനാഥ പന്തലുള്ള ഒരു ജ്ഞാനിയുടെ അടുത്തേക്ക് ഇദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടു പോയത്രേ ആ ജ്ഞാനി ഇദ്ദേഹത്തിന് തത്വോപദേശം ചെയ്തു രണ്ടു മൂന്ന് വർഷത്തിനുള്ളിൽ അദ്ദേഹത്തിന് പൂർണമായി തത്വം തെളിഞ്ഞു കിട്ടി ഗുരു ഉപദേശിച്ചത് അദ്ദേഹം തന്നെ മഹർഷി നിസർഗദത്താ മഹാരാജനോട് ചോദിക്കുന്നുണ്ട് അങ്ങേക്ക് എങ്ങനെ ഈ സാക്ഷാത്കാരം ഉണ്ടായി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഗുരു പറഞ്ഞു ഞാൻ വിശ്വസിച്ചു അത്രയേ ഉള്ളൂ ഗുരു പറഞ്ഞു ആ പരമാത്മതത്വം നീ ആണ് എന്ന് പറഞ്ഞു ഞാൻ അത് വിശ്വസിച്ചു ഏകാന്തത്തിലിരുന്ന് ഞാൻ എന്താണ് ഞാൻ ആരാണ് ഞാൻ ഞാൻ ഞാൻ എന്നുള്ള സ്ഫൂർത്തിയെ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു ക്രമേണ ആ സ്ഫൂർത്തി തന്നെ വികസിച്ച് അനന്തമായ ആകാശം പോലെ പരന്നു പ്രപഞ്ചത്തിനെ മുഴുവൻ തന്റെ അകത്തേക്കാക്കി നിർവികൽപമായ സ്ഥിതി അനുഭവപ്പെട്ടു ആ അനുഭൂതിയെ ഈ മനുഷ്യൻ അവിടെ വരുന്നവരോടൊക്കെ മറാത്തി ഭാഷയിൽ പറയും നോക്കണം ജ്ഞാനം ശരിക്കുണ്ടായാൽ അത് പ്രചരിപ്പിക്കാൻ മെനക്കെടുൊന്നും വേണ്ട എന്നുള്ളതിന് ഉത്തമ ദൃഷ്ടാന്തമാണ് അദ്ദേഹത്തിന്റെ ജീവിതം ഒരിടത്തും ബോർഡ് വെച്ചില്ല പ്രചരിപ്പിച്ചില്ല ഒന്നും ചെയ്തില്ല അവിടെ ഇരുന്ന് വരണവരോടൊക്കെ പറഞ്ഞു മറാത്തി ഭാഷയിൽ അങ്ങനെ ഇരിക്കുമ്പോ മോറീസ് ഫ്രീഡ്മാൻ എന്ന് പറയുന്ന ഒരു റഷ്യൻ അദ്ദേഹം രമണ മഹർഷിയുടെ കൂടെ ഉണ്ടായിരുന്നു മഹാത്മാഗാന്ധിയുടെ കൂടെ ഉണ്ടായിരുന്നു കൃഷ്ണമൂർത്തിയുടെ കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇവരെയൊക്കെ പരിചയമുണ്ട് മഹർഷിയുടെ ഒരു ഡെബോട്ടി ഭക്തനായിരുന്നു ഈ മോറീസ് ഫ്രീഡ്മാൻ അദ്ദേഹത്തിന് മറാത്തി ഭാഷ നല്ലവണ്ണം അറിയാം ഗാന്ധിജിയുടെ ഇന്ത്യയോട് വല്ലാത്ത പ്രേമമായിരുന്നു അദ്ദേഹത്തിന് അതുകൊണ്ട് അദ്ദേഹത്തിന് സ്വാമി രാംദാസ് സന്യാസം കൊടുത്തപ്പോ ഭാരതാനന്ദ എന്ന് പേര് കൊടുത്തു അത്ര ഇപ്പോ ഈ സ്ലം ഏരിയാസിലൊക്കെ പോയി അദ്ദേഹം സേവാപ്രവർത്തനം ചെയ്യും അങ്ങനെ ഇവിടെ പോയപ്പോ ഒരു വീടിക്കടയിൽ ഇരുന്നിട്ട് ഒരാൾ വർത്തമാനം പറയണു നാലഞ്ചു പേര് കേട്ടുകൊണ്ടിരിക്കുന്നു ഇദ്ദേഹം നിന്നു ശ്രദ്ധിച്ചു മഹർഷിയുടെ കൂടെയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ആ മണം അദ്ദേഹത്തിന് അറിയാം അവിടെ നിന്നപ്പോ അദ്ദേഹം പറഞ്ഞു ദേശകാലങ്ങളൊക്കെ നിശ്ചലമായിട്ട് നിന്നു പുരാതന കാലം മുതൽ ഉപനിഷത്ത് ഋഷികൾ എന്ത് പറഞ്ഞുകൊണ്ടിരുന്നു അതുപോലെ ഒരു സംവാദം ആരും ശ്രദ്ധിക്കാനിടയില്ലാത്ത ഒരു വീടിക്കടയിലിരുന്ന ഒരു ഋഷി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു നാലഞ്ചു പേരോട് നോക്കണം എത്രയോ ആശ്രമങ്ങൾ ഒഴിഞ്ഞു കിടക്കണു പറയാനാരും ഇല്ല കേൾക്കാൻ ആരുമില്ല അനുഭൂതി കാണാനില്ല അമ്പലങ്ങളിൽ പോയാൽ കാണാനില്ല തീർത്ഥക്ഷേത്രങ്ങളിൽ പോയാൽ മഹാത്മാക്കളെ തെരഞ്ഞു പോയാൽ കിട്ടുന്നില്ല ഹിമാലയത്തിലുണ്ടോ എന്ന് അന്വേഷിച്ചാൽ കിട്ടുന്നില്ല ചിലപ്പോൾ സ്ലം ഏരിയാസിലൊക്കെ ഒളിഞ്ഞു കിടക്കുമോ അവരും ഒരു ആള് പറഞ്ഞേ ട്രൂത്ത് ഈസ് എ വെരി ഷൈ ക്രീച്ചർ ആളുകൾ ശ്രദ്ധിക്കുന്നിടത്ത് വരില്ല യാത്ര എവിടെയോ അവിടുത്തെ ഒളിഞ്ഞു പ്രത്യക്ഷപ്പെടും നമ്മളൊക്കെ എവിടെ നോക്കിക്കൊണ്ടിരിക്കും ആശ്രമങ്ങളിൽ നോക്കിക്കൊണ്ടിരിക്കും അമ്പലങ്ങളിൽ നോക്കിക്കൊണ്ടിരിക്കും തീർത്ഥക്ഷേത്രങ്ങളിൽ എവിടെയൊക്കെ ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ടോ അവിടുത്തെ വിട്ട് ശ്രദ്ധ പതിയാത്ത സ്ഥലത്ത് പോയി അത് പ്രത്യക്ഷപ്പെടും അതാണ് അതിന് ആശ്ചര്യം എന്ന് പറയണത് ഇദ്ദേഹം പറഞ്ഞതിനെയൊക്കെ കാസറ്റിലാക്കി മരാത്തി ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിൽ വിവർത്തനം ചെയ്ത് ഐ ആം ദാറ്റ് എന്നുള്ള പേരിൽ ഒരു പുസ്തകം പ്രകാശിപ്പിച്ചു അത് കാട്ടുതീ പോലെ ലോകത്തിൽ മുഴുവൻ പടർന്നു പിടിച്ചു ഒരുപാട് ജിജ്ഞാസുക്കൾ ആ മനുഷ്യന്റെ അടുത്തേക്ക് അവസാന കാലത്താണ് എൺപത് വയസ്സ് എഴുപത് എഴുപത്തഞ്ച് എൺപത് വയസ്സിന് മേലെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരുവായിരുന്നു അപ്പോ ആശ്ചര്യവത് ആശ്ചര്യം എന്താണ് മോസ്റ്റ് അൺഎക്സ്പെക്ട് പ്ലേസ് മോസ്റ്റ് അൺഎക്സ്പെക്ട് പേഴ്സൺ ഭാഗവതം മുഴുവൻ ആശ്ചര്യം അല്ലേ പ്രഹ്ലാദൻശത്തിൽ ജനിച്ച കുട്ടി അതിന് ചെറിയ കുട്ടി ആശ്ചര്യം നാരദ മഹർഷി ഇതിലൊരു റിസർച്ച് ചെയ്തു ജ്ഞാനം ആളുകൾക്ക് ഉപദേശിക്കണം നാരദൻ ആദ്യം ജനറൽ ആയിട്ടുള്ള ഐഡിയ വെച്ചുകൊണ്ട് ആരംഭിച്ചു എല്ലാം ജീവിതത്തിലെ സുഖങ്ങളൊക്കെ അനുഭവിച്ച ശേഷം ഭോഗങ്ങളൊക്കെ അനുഭവിച്ച ശേഷം വയസ്സായിട്ടിരിക്കുന്ന ആളുകളെ പിടിച്ചു ഉപദേശിച്ചാൽ അവർക്ക് മനസ്സിലാവും എന്താന്ന് വെച്ചാൽ വേറെ ആഗ്രഹമൊന്നും ഉണ്ടാവില്ലല്ലോ എന്നൊരു ആശയം വെച്ചുകൊണ്ട് നാരദൻ വയസ്സായവരെയൊക്കെ പിടിച്ചു അവരൊക്കെ ഇങ്ങനെ കേൾക്കും കേട്ടുകൊണ്ടേ ഇരിക്കും വരും ഇങ്ങനെ ഉറങ്ങിപ്പോകും അത് കഴിഞ്ഞിട്ട് പറയും നിങ്ങൾ നല്ല വണ്ണം പ്രസംഗിച്ചുട്ടോ ഞങ്ങളുടെ അവിടേക്കും വരണം എന്നൊന്ന് വിളിച്ചിട്ട് പോകും നാരദനും മതിയായി ഇവരുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കലും പട്ടം കൊടുക്കലും ഇതൊക്കെ കണ്ടിട്ട് നാരദന് മതിയായി അവരൊന്നും ഉപയോഗിക്കണില്ല അവരൊന്നും ശ്രദ്ധിക്കണമില്ല ജീവിതത്തിലൊന്നും പ്രയോജനപ്പെടണില്ല മാത്രമല്ല ചിന്താസക്ത പഴയ കാര്യങ്ങളുടെ ഇംപ്രഷൻസൊക്കെ ഉണ്ടായിപ്പോയിരിക്കണു അവർക്ക് അപ്പൊ നാരദൻ തീരുമാനിച്ചു ഏഹ് ഇവർക്ക് ഉപദേശിച്ചിട്ട് കാര്യമില്ല ചെറുപ്പക്കാരെ പിടിക്കും അതാണ് നമുക്ക് ഇടക്കാലത്ത് നമ്മളുടെ സ്പിരിച്വൽ ഫീൽഡിൽ ഉണ്ടായ മറ്റൊരു തെറ്റിദ്ധാരണ ചെറുപ്പക്കാർക്ക് മനസ്സിലാവും എന്നൊരു ധാരണ യങ്സ്റ്റേഴ്സ് അവരെ പിടിച്ചാ നട അങ്ങനെ നാരദ മഹർഷി കൊറേ ആളുകളെ പിടിച്ചു അവര് കേൾക്കണു അവര് വലിയ വലിയ കാര്യങ്ങൾ അത് കേട്ടിട്ട് അവരുടെ അംബീഷൻസിനനുസരിച്ച് അതിനെയൊക്കെ മാറ്റും ഗീത പറയുമ്പോ കേട്ടോണ്ടേ ഇരിക്കും ഗീത എങ്ങനെ നമുക്ക് ബിസിനസ്സിൽ പ്രയോഗിക്കാം എങ്ങനെ പണം ഉണ്ടാക്കാൻ പ്രയോഗിക്കാം ഈ വിദ്യയെ എങ്ങനെ ഇൻഡസ്ട്രി വലുതാക്കാൻ പ്രയോഗിക്കാം അങ്ങനെയൊക്കെ ആലോചിക്കണു ആരും സത്യത്തിലേക്ക് പോണില്ല അപ്പൊ നാരദനെ അവരോടും ഫെയിലുവറായി പിന്നെ നാരദൻ തീരുമാനിച്ചു ഇവരെയും വിടാം ചെറിയ കുട്ടികളെ പിടിക്കണം കുട്ടികൾ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികളെ പിടിച്ചാൽ അവർക്ക് മനസ്സിലാവും എന്ന് തീരുമാനിച്ചിട്ടാണ് ധ്രുവനെ പിടിച്ചത് അഞ്ചു വയസ്സ് കുട്ടി ഈ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടപ്പോ നാരദ വന്നു വഴിയില് കുഞ്ഞെ എവിടേക്കാണ് പോണത് ഞാൻ തപസ്സിന് പോവുകയാണ് എന്തിനാ ഈ പ്രായത്തിൽ തന്നെ തപസ്സോ എന്നെ ചിറ്റമ്മ അപമാനിച്ചു അതുകൊണ്ട് എനിക്ക് ആ അപമാനം സഹിക്കാൻ വയ്യ ഉത്തമസ്ഥാനം നേടാനായി തപസനു പോവുകയാണെന്ന് നാരദ മഹർഷി പറഞ്ഞു നാഥുനാപി അപമാനം വാ സമ്മാനം വാ പുത്രക ലക്ഷയാമ കുമാരസ്യ സക്തസ്യ കീടനാദിഷു ചെറിയ കുഞ്ിയാണ നീ കുമാരനാണ് ഈ പ്രായത്തിൽ എന്താ അപമാനം സമ്മാനം ഒക്കെ ഇതൊക്കെ മാറ്റി നിർത്തു ആത്മാവിൽ അപമാനം സമ്മാനം ഒന്നുമില്ല ഒക്കെ സമമായിട്ട് കാണണം കളിപ്പാട്ടം വെച്ച് കളിക്കേണ്ട പ്രായത്തിൽ ഈ അപമാനം സമ്മാനം എന്നൊക്കെ പറയണമല്ലോ ഇതൊക്കെ മാറ്റി നിർത്തി സമദർശിത്വം നേടി ശാന്തി നേടൂ എല്ലാരെയും ആത്മാവായിട്ട് കാണൂ എന്ന് പറഞ്ഞു ധ്രുവൻ പറഞ്ഞു നാരദരെ അങ്ങ് പറയണതൊക്കെ എനിക്ക് മനസ്സിലാവണുണ്ട് പക്ഷെ എനിക്ക് വയ്യ ഞാൻ ക്ഷത്രിയനാണ് എന്റെ ഉള്ളിൽ ഒരാളോട് വെറുപ്പ് വന്നാൽ അത് മാറ്റാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ തപസ് ചെയ്ത് ഉത്തമസ്ഥാനം നേടും നാരദന് വിഷമമായി വാസ്തവത്തിൽ ധ്രുവനും തൃപ്തി ആയില്ല നാരദ മഹർഷിക്ക് തൃപ്തി ആയില്ല ശരി തപസ് ചെയ്യാൻ ഉദ്ദേശിച്ചുവല്ലോ എന്തായാലും കാമ്യ തപസാണെങ്കിലും ഭഗവാനെ കാണുന്നത് നല്ലതാണ് ശരി വാസുദേവ മന്ത്രം ഉപദേശിച്ച് വൃന്ദാവനത്ത് പോയി തപസ് ചെയ്യുമെന്ന് പറഞ്ഞു വെച്ചു അപ്പൊ നാരദ മഹർഷി തീരുമാനിച്ചു ഭൂമിയിൽ സ്പർശിച്ച അപകടം പുറത്തിറങ്ങണതിനു മുമ്പ് പിടിക്കണം ഗർഭത്തിലുള്ളപ്പോ തന്നെ പിടിക്കണം പുറത്തിറങ്ങിയാൽ ശരിയാവില്ല പുറത്തിറങ്ങിയാൽ അവിദ്യ തുടങ്ങിപ്പോകും അതുകൊണ്ട് അവിദ്യ തുടങ്ങുന്നതിന് മുമ്പ് ഗർഭത്തിലിരിക്കുമ്പോൾ പിടിക്കണം തീരുമാനിച്ചു നാരദ മഹർഷി അങ്ങനെയാണ് അതിന്റെ ഫസ്റ്റ് ഫോം എംബ്രിയോ ഫോമില് പിടിക്കണം അതെ അങ്ങനെ പിടിച്ചു പ്രഹ്ലാദങ്ങൾ അതും ഏത് വംശം അസുരവംശം അല്ല ബ്രാഹ്മണ വംശത്തിലേതോ ധാരാളം തപസ് ചെയ്ത വംശം ഋഷി വംശത്തിലൊക്കെ ജനിച്ചു എന്ന് വെച്ചാൽ പോട്ടെ ഹിരണ്യകശു വിഷ്ണുദ്വേഷിയായ ഹിരണ്യകശുവിന്റെ ഭാര്യയായ കയാധുവിന്റെ ഗർഭത്തിൽ കിടക്കുന്ന ബീജത്തിനെ പിടിച്ചു പിടിച്ചു തന്റെ ആശ്രമത്തിൽ ഇരുത്തി നാരദ മഹർഷി തന്റെ തപസ് തന്റെ ജ്ഞാനത്തിനെ മുഴുവൻ ചിശക്തിയിലൂടെ അങ്ങോട്ട് പ്രവഹിപ്പിച്ചു അതായത് കയാധുവിന് ഉപദേശിച്ചു കയാദുവിനോട് പറഞ്ഞു അമ്മ ശരീരം വേറെ ആത്മാ വേറെ ജായത്തെ അസ്ഥീവർദ്ധത്തെ വിപരിണമത്തെ അപക്ഷീയത്തെ വിനശതി ശരീരത്തിന് ആറ് വികാരങ്ങളുണ്ട് ആത്മാ ഇതുകൊണ്ടൊന്നും ബാധിക്കുന്നില്ല ജാഗ്രത്ത് സ്വപ്നം സുഷുപ്തി എന്നു മൂന്നവസ്ഥകൾ ഈ ജീവനുണ്ട് ജാഗ്രത്തിൽ ശരീരത്തോടെ ഇരിക്കുന്നു മനസ്സ് പ്രവർത്തിക്കുന്നു ഞാൻ ഉണ്ട് സ്വപ്നത്തിൽ ശരീരമില്ല മനസ് മാത്രം പ്രവർത്തിക്കണു ഞാനുണ്ട് സുഷുപ്തിയിൽ ശരീരവും ഇല്ല മനസ്സുമില്ല പക്ഷെ ഞാനുണ്ട് അപ്പൊ ഞാൻ ശരീരവുമല്ല മനസ്സുമല്ല ശുദ്ധമായ ബോധസ്വരൂപമായി പരിണാമമില്ലാത്ത സാക്ഷിയാണ് ഈ സാക്ഷി വിദ്യയെ കയാതുവിന് ഉപദേശിച്ചു നമുക്ക് ഭാഗവതത്തിൽ നോക്കിക്കോള എന്റെ വാക്കുകളൊന്നുമല്ല ബുദ്ധേർ ജാഗരണം സ്വപ്ന സുഷുപ്തിരീതി വൃത്തയ ഏനൈവ അനുഭൂയൻ തേ സോധ്യക്ഷ പുരുഷസ്മൃത ഭാഗവതത്തിലെ ശ്ലോകമാണ് വ്യാകരണം സ്വപ്നം സുഷുപ്തി ഇതൊക്കെ ബുദ്ധിക്കാണ് ആത്മാവിനല്ല എന്ന തത്വം കയാതുവിന് ഉപദേശിച്ചു കയാതു ഇറങ്ങിപ്പോയി പക്ഷേ ഗർഭത്തിൽ കിടക്കുന്ന ശിശു ഗ്രഹിച്ചിട്ട് ജനിക്കുമ്പോ പൂർണനായിട്ട് ജനിച്ചു അതുകൊണ്ടാണ് ആ ശിശുവിന് പ്രഹ്ലാദൻ എന്നു പേര് പ്രകർഷേണ ഹ്ലാദമുള്ളവൻ ആനന്ദമുള്ളവൻ എന്നർത്ഥം ധ്രുവന്റെ തപസ് കേട്ടാ നമ്മൾ പേടിച്ചു പോകും അഞ്ചു മാസം ആ കുട്ടി കഠിന തപസ്സ് എന്നിട്ടോ ആ തപസ് എന്തിനു വേണ്ടിയിട്ടാ കാമ്യ തപസാണേ അതുകൊണ്ടാണ് ഇത്രയൊക്കെ വിഷമിക്കേണ്ടി വന്നത് ആ തപസ് ചെയ്തിട്ടും ധ്രുവൻ കരയാണ് ഭഗവാനെ കണ്ടിട്ട് പോകുമ്പോ കരഞ്ഞുകൊണ്ടു പോകുന്നു കഷ്ടം ഞാനിങ്ങനെ ഒരു വിഡ്ഢിയായിട്ട് പോയല്ലോ ഭവചിതമയാഹം ഭവം ഭാഗ്യവിവർജിത സംസാരത്തിനെ വേരോടെ പറിച്ചു കളയുന്ന പ്രഭുവിനെ കണ്ടിട്ട് ഞാനൊരു സംസാര സുഖത്തിനെയും വാങ്ങിക്കൊണ്ടാണല്ലോ തിരിച്ചു പോണത് എനിക്ക് പ്രയോജനപ്പെട്ടില്ലല്ലോ ഇങ്ങനെ കരഞ്ഞുകൊണ്ടുപോകുന്നു അന്ന് തന്നെ നാരദ മഹർഷി ഉപദേശിച്ചത് ഞാൻ കേട്ടില്ലല്ലോ എന്ന് കരഞ്ഞുകൊണ്ടുപോയി അവസാനം മനു വന്നു ഉപദേശിച്ചിട്ടാണ് ധ്രുവന്റെ മനസ്സൊന്ന് ശമിക്കുന്നത് പക്ഷെ പ്രഹ്ലാദന് എവിടെങ്കിലും ഭാഗവത്തു ഒന്ന് കാണിച്ചു ഒരു പ്രഹ്ലാദൻ പഷ്ണി കടന്നു എന്നോ ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്തു എന്നോ ഹിരണ്യകശിപൂ തപസ് ചെയ്തു അത് കാമ്യ തപസ് പ്രഹ്ലാദന് നിസർഗമായ ഭക്തി ജഗത്ത് മുഴുവൻ ഭഗവത് സ്വരൂപം തന്നെ കൊല്ലാൻ വരുന്ന അച്ഛനോട് പോലും വിരോധമില്ല ആരോടും വെറുപ്പില്ല സദാ സകലതും ബ്രഹ്മമയം പ്രഹ്ലാദനം പൂർണനായിട്ടിരിക്കണു പ്രഹ്ലാദൻ പൂർണ്ണത പ്രഹ്ലാദങ്ങൾ വന്നു ഈ പൂർണ്ണത എവിടെ നിന്നു ജ്ഞാനത്തിൽ നിന്നു ശ്രദ്ധ ആത്മാവിൽ പതിഞ്ഞതുകൊണ്ട് ജഗത്ത് മുഴുവൻ ആത്മസ്വരൂപം ശ്രദ്ധ ശരീരത്തിൽ പതിഞ്ഞാൽ ജഗത്ത് മുഴുവൻ ജഡം ശ്രദ്ധ മനസ്സിൽ പതി പതിഞ്ഞാൽ ജഗത്ത് മുഴുവൻ ചിത്തമയം മനോമയം ശ്രദ്ധ ബോധത്തിൽ പതിഞ്ഞാൽ പ്രജ്ഞയിൽ പതിഞ്ഞാൽ ജഗത്ത് മുഴുവൻ ബോധമയം ചൈതന്യമയം ചൈതന്യമയമായിട്ട് പ്രഹ്ലാദം കണ്ടു അപ്പോ ആരത മഹർഷി അങ്ങനെയാണ് പ്രഹ്ലാദനെ പിടിച്ചെടുത്തത് പ്രഹ്ലാദനെ പോലെ ഒരു കുട്ടിയിൽ ജ്ഞാനം പ്രകാശിക്കുന്നുവെങ്കിൽ ആശ്ചര്യം ഓരോരുത്തർ കഠിനമായിട്ട് തപസ് ചെയ്തിട്ട് അവർക്ക് കിട്ടുന്നില്ല അതാണ് രാമകൃഷ്ണ പരമവംശർ പറയും ഈശ്വരൻ കൊച്ചുകുട്ടികളെ പോലെയാണ് ചിലർ ആ കുട്ടിയുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തരൂ തരൂ തരൂ എന്ന് പറഞ്ഞാൽ കൊടുക്കില്ല അല്ലെങ്കിൽ വരൂ വരൂ എന്ന് ചില കുട്ടികളെ വിളിച്ചാൽ അവര് വരില്ല ചിലപ്പോൾ ആരെങ്കിലും ആ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടാൽ അവരെടുത്ത് പോയി തോളിൽ കൈട്ടിട്ട് കയറിയിരിക്കും ഇതുപോലെ ഈ സത്യം എവിടെ പ്രകാശിക്കണു എങ്ങനെ പ്രകാശിക്കണു നിയമം വെക്കാൻ പറ്റില്ല ആചാര്യസ്വാമികൾ പറഞ്ഞു ആകാശത്തിൽ പറക്കുന്ന പക്ഷിയുടെ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല വെള്ളത്തിൽ പോണ മീനിന്റെ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല അതുപോലെയാണ് ജ്ഞാനം നേടിയവരുടെ ഗതിയും വിഹഗാനാം യഥാകാശേ ജലേ വാരിചരസ്യ ആകാശത്തിലുള്ള പക്ഷികളുടെയും വെള്ളത്തിലുള്ള മീനിന്റെയും റൂട്ട് പോലെ യാത്ര ജ്ഞാനികളുടെ അതുകൊണ്ട് ആശ്ചര്യവത് പശ്യതി കർഷിതേനം വളരെ ആശ്ചര്യം ജ്ഞാനികൾ എങ്ങനെ ഉണ്ടാവണമെന്ന് പറയാൻ വയ്യ എവിടെയൊക്കെയോ ഉണ്ടാവും എങ്ങനെയൊക്കെയോ ഉണ്ടാവും ആശ്ചര്യവത് പശ്യതി കർഷിതേനം അതിനൊരു നിയമം പുറത്ത് നോക്കിയിട്ട് നമുക്കൊന്നും കാണാനില്ല നമ്മൾ എന്തൊക്കെ നിയമം പറഞ്ഞാലും ആ നിയമത്തിനെയൊക്കെ ലംഘിച്ചുകൊണ്ട് ചിലർ ജ്ഞാനികളാവണം ചില ആത്മാവിനെ കണ്ടെത്തുന്നു അപ്പൊ ഈ ആത്മാ ഒരു ആശ്ചര്യവസ്തു ആശ്ചര്യവത് പശ്യതി കശ്യതേനും ഇനിയിപ്പൊ കണ്ടെത്തിയാലും ആശ്ചര്യവത് വധതി തഥൈവ ചാന് ഈ കണ്ടെത്തിയവൻ പറയണതുണ്ടല്ലോ അനുഭൂതിയിൽ നിന്നും പറയുക എന്നുള്ളത് വളരെ അപൂർവം പലരും കണ്ടെത്തി കഴിഞ്ഞാൽ ആ അനുഭൂതി രസത്തിൽ മുഴുകി നിന്നു പോവും ഭവതി ആ മൗനത്തിൽ തന്നെ നിശ്ചലമായിട്ട് പോവും അവർക്ക് പറയണം എന്ന് തോന്നില്ല എന്നാണ് അനുഭവിച്ചാൽ പറയണം എന്ന് തോന്നില്ല ബുദ്ധൻ അനുഭവിച്ചപ്പോ മിണ്ടില്ലാന്ന് തീരുമാനിച്ചു അത്രേ നിങ്ങൾ ബുദ്ധകയറിയിൽ പോയാൽ ആ ബോധ്യവൃക്ഷത്തിന്റെ ചുവട്ടിൽ അദ്ദേഹം രണ്ടാഴ്ചയോ മറ്റോ ഇരുന്നു അത് കഴിഞ്ഞ് അവിടുന്ന് എഴുന്നേറ്റിട്ട് വലതുവശത്ത് മുകളിൽ കയറിയിട്ട് അനിമേഷലോചന ബുദ്ധൻ എന്ന് എഴുതി അവിടെ കണ്ണ് ചിമിട്ടാതെ അനിമേഷലോചന എന്ന് ചിമിട്ടാത്ത കണ്ണ് കണ്ണു ചെമുട്ടാതെ ആ ബോധി വൃക്ഷത്തിനെയും നോക്കിക്കൊണ്ടിരുന്നു അത്രേ രണ്ടാഴ്ച ഒരു തീരുമാനവും ഇല്ല നിശ്ചലമായി താൻ അനുഭവിച്ച സുഖത്തിനെ അനുഭവിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു ഒന്നും മണ്ടിയില്ല അപ്പോ ഒരു ദേവത ഇറങ്ങി വന്നു എന്നാണ് അവർ പറയണത് ബ്രഹ്മസമ്പത്തിന്ന് പറയണ ദേവത ആ ദേവത വന്ന് പറഞ്ഞു അത്രേ അങ്ങ് പുറത്തു പറയണം ബുദ്ധൻ പറഞ്ഞു ഞാൻ ആനന്ദമായിട്ടിരിക്കണു ഞാൻ പറഞ്ഞ ആളുകൾ ഒന്നും മനസ്സിലാക്കില്ല അവരോട് പറഞ്ഞിട്ട് എന്ത് കാര്യം അങ്ങനെയല്ല അങ്ങ് പറയണത് മനസ്സിലാക്കാൻ കഴിവുള്ള കുറെ ആളുകളെങ്കിലും ലോകത്തിൽ ഇപ്പോഴും ഉണ്ട് അവർക്ക് അങ്ങ് പറഞ്ഞിട്ടില്ലെങ്കിൽ വലിയ നഷ്ടമാവും അവർക്ക് വേണ്ടി പറയണം അല്ലാതെ എല്ലാവർക്കും വേണ്ടിയല്ല അങ്ങനെ പറഞ്ഞ് ഒരുപാട് നിർബന്ധിച്ചപ്പോഴാണ് ബുദ്ധൻ പറയാനാരംഭിക്കുന്നത് ആശ്ചര്യവത് വധതി ആചാര്യസ്വാമികൾ പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് കാശിയിലെ ബ്രഹ്മവിദ്യയെ പറഞ്ഞു തുടങ്ങിയത് ശങ്കരൻ തന്നെ ആശ്ചര്യമല്ലേ പറയുന്നു that boy shankara was a wonder acharya swami gele kurchu Vivekananda swamigal paraynad then god arose in south this time it was in the form of that wonderful boy shankara everything was wonder with that boy ella masharyamayirun 12 vayasil 8 vayasil veedu vittu povva 12 vayasil satyam aranje kashi ilu vannu paranju thodanga മുപ്പത്തിരണ്ട് വയസ്സിനുള്ളിൽ ഭാരതം മുഴുവൻ നടക്കുക എഴുതിയിട്ടുള്ള കൃതികളോ അത് തന്നെ ഒരു ആശ്ചര്യം അപ്പൊ ആശ്ചര്യം എന്ന് വെച്ചാൽ ശങ്കരാചാര്യരു ആശ്ചര്യം അപ്പൊ ആശ്ചര്യപത് പശ്യതി കശ്യതേനം രമണ മഹർഷി ഒരു ആശ്ചര്യമല്ലേ ഒരു പുസ്തകം പഠിച്ചിട്ടില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ ഏതോ പുസ്തകം പഠിച്ച് ഭഗവത്ഗീതയോ ഉപനിഷത്തോ കേട്ടിട്ടാണെങ്കിൽ പോട്ടെ ഒരിക്കൽ മഹർഷിയുടെ മുമ്പിൽ ആരോ വിചാരസാഗരം എന്നുള്ള പുസ്തകം വായിച്ചു അതിലത്തെ സം കാര്യങ്ങൾ ശാസ്ത്രത്തിലുള്ള ന്യായശാസ്ത്രം മറ്റു വിചാരങ്ങളെയൊക്കെ വായിച്ചു അത് കേട്ടുകഴിഞ്ഞപ്പോ മഹർഷി എന്താ പറഞ്ഞറിയോ എന്റെ ഒരു ഭാഗ്യം ഇതൊന്നും ഞാൻ ആദ്യം വായിച്ചില്ലാന്ന് ഇതൊക്കെ വായിച്ചിരുന്നുവെങ്കിൽ എവിടെ എവിടെയും എത്താതെ വട്ടത്തിരിഞ്ഞു നിൽക്കുമായിരുന്നു നേരെ സത്യത്തിലേക്ക് വന്ന് സത്യത്തിൽ നിലച്ചത് കൊണ്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഇങ്ങനെ ചുറ്റിത്തിരിയും കൺഫ്യൂഷൻ കൺഫ്യൂഷൻ ആളുകൾ കൺഫ്യൂഷനിൽ പെട്ടുകൊണ്ടേയിരിക്കുകയാണ് അപ്പോ ആശ്ചര്യമല്ല ഒരു പുസ്തകം വായിച്ചിട്ടില്ല ബ്രഹ്മം എന്നുള്ള കേട്ടിട്ടില്ല അദ്ദേഹത്തിന് ഈ സാക്ഷാത്കാരം ഉണ്ടാകുമ്പോ ബ്രഹ്മം എന്നൊരു വാക്ക് പോലും അദ്ദേഹം കേട്ടിട്ടില്ല പതിനാറാമത്തെ വയസ്സിൽ പഠിച്ചിട്ടുള്ളത് സ്കൂളിൽ കുറച്ച് ബൈബിൾ പഠിപ്പിച്ചിട്ടുണ്ട് അന്ന് വെള്ളക്കാരുടെ കാലമല്ലേ ഇപ്പൊ ഗവൺമെന്റ് സ്കൂൾ കുറച്ച് ബൈബിൾ പഠിപ്പിച്ചിട്ടുണ്ട് ല്ലാതെ കുറെ തമിഴ് തേവാരും കുറച്ച് പഠിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ലേ അദ്ദേഹത്തിന് അതൊന്നും സീരിയസ് ആയിട്ട് പഠിച്ചിട്ടുമില്ല കേവല അഭിമാനത്തിന് വേണ്ടിയുള്ള മതപരമായ പഠനത്തിലോ വയറ്റിന് വേണ്ടിയുള്ള ചാപ്പാട്ടിന് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസത്തിലോ രണ്ടിലും രുചി ഉണ്ടായിരുന്നില്ലേ അദ്ദേഹത്തിന് അങ്ങനെയുള്ള ആൾക്ക് ഈ പരിപൂർണ സാക്ഷാത്കാരം അപൂർവമായ ബ്രഹ്മനിഷ്ഠ അത് ആശ്ചര്യമല്ലേ ആശ്ചര്യപത് പശ്യതി കശ്യദേ ആശ്ചര്യമായിട്ട് ഇതിനെ കണ്ടെത്തുന്നു കണ്ടെത്തുന്നവർ ഒരു അത്ഭുതം അവർക്ക് എപ്പ വരണോ പറയാൻ വയ്യ ഗുരുനാലാക്കിന് ആദ്യമായി സമാധി അനുഭവം ഉണ്ടായത് ഒരു ആശ്ചര്യമാണ് അദ്ദേഹം പലചരക്ക് കിടയില് സാമാനം പൊതിഞ്ഞു കൊടുക്കുന്ന ജോലിയിലായിരുന്നു അപ്പൊ ആരോ ഗോതമ്പ് വാങ്ങിക്കാൻ വന്നു ഗോതമ്പ് വാങ്ങിക്കാൻ വന്നപ്പോൾ ഓരോ ഇടം കഴിയായിട്ട് അളന്നിട്ടു അളന്നിട്ടിട്ട് ഏക്ക് ദോ തീൻ ചാർ പഞ്ച് ചെ സാത് ആട്ട് നൗ ദസ് ഗ്യാ ബാറ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്നിന് തേര എന്നാണ് ആ തേര എത്തിയപ്പോൾ അർത്ഥം മാറിപ്പോയി അദ്ദേഹത്തിന് ഉള്ളില് തേരാ തേരാ തേരാ തേരാ തേരാന്ന് പറഞ്ഞ് ഉള്ള ഗോതമ്പൊക്ക് വാരിയിട്ട് എത്ര തേരാ എന്ന് വെച്ചാൽ എല്ലാം അവിടുത്തെ ആണ് എന്നാണ് ഹിന്ദിയിൽ തേരാ എന്ന് വെച്ചാൽ പതിമൂന്ന് ഒരു അർത്ഥം വരാം എല്ലാം അവിടുത്തെ ആണെന്നുള്ള ഓർമ്മ വന്നു പോയതുകൊണ്ട് തന്റെ എല്ലാം അർപ്പിക്കുന്ന ഭാവം സമാധി അദ്ദേഹത്തിനും ഉണ്ടായി കണ്ണില് കണ്ണീര് പെരുകി ഡാൻസ് കളിക്കാൻ തുടങ്ങി അവിടെ നിന്നിട്ട് ആ പലതിരക്ക് കടക്കാരൻ അയാൾ ഒരു ഭക്തനായിരുന്നു അയാൾക്ക് അദ്ദേഹത്തിന് ഏർപ്പെട്ട അനുഭൂതിയുടെ വൈശിഷ്ട്യം മനസ്സിലായിരുന്ന ആശ്ചര്യവത് പശ്യതി കശ്യദേ ആശ്ചര്യമല്ലേ എല്ലാം എപ്പോ വരും ഭഗവാൻ നമ്മൾ ധ്യാനത്തിന് വേണ്ടി മെഡിറ്റേഷൻ സീറ്റിൽ ഇരിക്കുമ്പോഴൊന്നും ചിലപ്പോ ഇങ്ങനെ വരില്ല ചിലപ്പോ മോസ്റ്റ് അൺഎക്സ്പെക്ടഡ് സമയത്തായിരിക്കും ഇത്തരം അനുഭൂതി ദശകളൊക്കെ വരുന്നത് രാമകൃഷ്ണ പരമവംസർ കൊച്ചുകുട്ടിയായിരിക്കുമ്പോ ഒരു ദിവസം പാടത്തുകൂടെ നടക്കുകയായിരുന്നു മലരു തിന്നുകൊണ്ട് നടക്കുകയായിരുന്നു പൊരി അത് തിന്നുകൊണ്ട് ഇങ്ങനെ നടക്കുമ്പോ ആകാശത്തിൽ ഇങ്ങനെ കൊക്കുകൾ പറക്കണത് കണ്ടു നീലാകാശത്തിൽ വെളുത്ത കൊറ്റികൾ ഇങ്ങനെ കാർമേകങ്ങൾക്ക് നടുവിലൂടെ പറക്കണത് കണ്ടപ്പോ മനസ്സ് ശരീരത്തിനെ വിട്ടുപോയി അഖണ്ഡമായി ചിതാകാശത്തിൽ പറക്കുന്ന ജീവനെ ഒരു സ്മൃതി ഉണ്ടായി ഒക്കെ മറന്നുപോയി രാമകൃഷ്ണദേവൻ തന്നെ പറയണു ബാഹ്യപ്രജ്ഞ ഏറ്റവും വീണു എന്നാണ് ഒരു ദിവസം മുഴുവൻ പ്രജ്ഞ ഉണ്ടായിരുന്നില്ല ഉള്ളില് പരമാനന്ദ നിർവൃത്തി ആദ്യത്തെ അദ്ദേഹത്തിന്റെ സമാധി അനുഭവം സാക്ഷാത്കാരം ശരിക്കും അപ്പൊ ഉണ്ടായിക്കഴിഞ്ഞു അപ്പൊ തന്നെ ഉണ്ടായിക്കഴിഞ്ഞു പിന്നെയൊക്കെ അതിന്റെ ഫർദർ മൂവ്മെന്റ്സാണ് ആദ്യത്തെ സാക്ഷാത്കാരവും അപ്പൊ ഉണ്ടായിക്കഴിഞ്ഞു രണ്ടാമത് ശിവരാത്രി ദിവസം യാത്രാകളി എന്നാണ് പറയുക ബംഗാളിലൊക്കെ നാടകം പോലെ നടത്തും അവർ ജോത്രോ എന്ന് പറയുന്നവർ അവർക്ക് ഈ ആ എന്നൊന്നും വരില്ല ബംഗാളികൾക്ക് എല്ലാ ഓ ആണ് കാ വരില്ല കോ ആണ് അതുകൊണ്ട് ഒരു ബംഗാളിയോട് ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞപ്പോ അതുപോലെ അയാൾക്ക് ഇവർക്ക് സാവ വരില്ല ഷാവാണ് ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞപ്പോ ഷെയിം ടു യു എന്ന് പറഞ്ഞു അവർക്ക് സാ വരില്ല ചില വാക്കുകളൊന്നും വരില്ല ശിവരാത്രി ദിവസം ശിവനായിട്ട് വേഷം കെട്ടണം നാടകത്തില് ആ വേഷം കെട്ടേണ്ട ആള് വന്നില്ല അദ്ദേഹത്തിന് ഗതാധർ ഭട്ടാചാര്യ എന്നാണ് പേര് രാമകൃഷ്ണപ്രഭം സർ ഗതാധരനാണ് അദ്ദേഹത്തിന്റെ പൂർവനാമം ഗതാഗരനെ കൊണ്ട് ശിവവേഷം ശിവനായിട്ട് വേഷം കെട്ടിപ്പിച്ചു ഓരോന്ന് ജട വെച്ചു തലയിൽ ചന്ദ്രക്കല വെച്ചു രുദ്രാക്ഷം ഇട്ടു ഒരു പാമ്പിന്റെ രൂപമൊക്കെ ഇട്ടു ഓരോന്ന് കഴിയുമ്പോഴേക്കും ഇദ്ദേഹത്തിന് ബാക്കിയ പ്രജ്ഞ പോയി ആ ശിവത്തിൽ നിന്ന് ആടാൻ തുടങ്ങി സ്റ്റേജിൽ കൊണ്ടുവന്ന് നിർത്തിയതോടുകൂടി ആ നിപ്പ് തന്നെ നിശ്ചലമായിട്ട് കണ്ണുന്ന ധാരധാരയായിട്ട് കണ്ണീരൊഴുകിക്കൊണ്ടിരിക്കുന്നു അവിടെ അങ്ങോട്ട് വീണു നാടകം നടിക്കേണ്ട ആൾ നാടകമൊന്നും നടിച്ചില്ല കാണേണ്ടവര് ശരിക്കു പ്രത്യക്ഷമായി ശിവനെ കണ്ടു ആശ്ചര്യ കശ്യതേനും അശ്ചര്യമാണ് എപ്പോണ്ടാവും എങ്ങനെ കൊണ്ടാവും ഒന്നും പറയാമായിരുന്നു ഇന്ന സ്ഥലത്തോന്നൊന്നുമില്ല ഇന്ന സമയത്ത് നിന്നൊന്നുമില്ല ഈ ആത്മദർശനത്തിന് ദേശകാലങ്ങളൊന്നും ബാഹ്യമല്ല ബാധകമല്ല അപ്രതീക്ഷിതമായിട്ട് ഈ അനുഭൂതി ഉള്ളില് സ്ഫുരിക്കും ആശ്ചര്യവത് പശ്യതി കശ്യതേനോ ആശ്ചര്യപദ്ശ്ചര്യ ആശ്ചര്യവത് വധതി തഥൈവ ചാന്യ ഇതിനെ അനുഭവിച്ചു കഴിഞ്ഞാൽ അതിനെ പറയുന്നു ആശ്ചര്യം കേൾക്കുന്നവർക്ക് ആ അനുഭൂതിയിൽ നിന്നുള്ള വാക്കുകൾ ആശ്ചര്യമായിരിക്കും അനുഭവത്തിൽ നിന്നുള്ള വാക്കുകൾ കേൾക്കുന്നവർക്ക് ഒരാശ്ചര്യം ആശ്ചര്യവത് വധത്തി തഥൈവച്ച അന്യഹ ആശ്ചര്യവച്ച ഏനം അന്യ ശൃണോതി കേൾക്കണവരുണ്ടല്ലോ അവരും ആശ്ചര്യം എന്നാ പറയണ ആള് മാത്രമല്ല എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥ കേൾക്കായിട്ട് വളരെ അപൂർവമാണ് പലരും കേൾക്കും പക്ഷെ ശ്രവിക്കുന്നവർ വളരെ അപൂർവമാണ് അന്ത ശ്രോത്രം കൊണ്ട് ശ്രവിക്കാം പുറമേക്കുള്ള ശ്രോത്രമല്ല ബുദ്ധൻ വൈശാലിയിൽ നിന്നും രാജഗൃഹത്തിലേക്ക് നടന്നു ഒരു ഗ്രാമത്തിൽ താമസിക്കുന്നു അടുത്ത ഗ്രാമത്തിലേക്ക് അദ്ദേഹത്തിന് ഇന്ന പ്ലാൻ ഒരു ദിവസം എഴുന്നേറ്റ് നടന്നു നടന്നപ്പോ ശിഷ്യന്മാരൊക്കെ കൂടെ നടന്നു ബുദ്ധന്റെ കൂടെ അടുത്ത ഗ്രാമത്തിൽ അദ്ദേഹം ചെന്നു അവരൊക്കെ രാമകൃഷ്ണദേവൻ പറയും ഉണക്ക ഇലയെ പോലെയാണോ ഉണങ്ങി വീണ ഇലയ്ക്ക് ഇന്ന സ്ഥലത്ത് പറക്കണം അതിന് ഇച്ഛയൊന്നുമില്ല കാറ്റ് എവിടെ കൊണ്ടുപോകണു അവിടെയൊക്കെ പറക്കും അതുപോലെ ഈ ഒരു ഗ്രാമത്ത് നിന്ന് ഇന്നൊരു ഗ്രാമത്തിലേക്ക് നടന്നു ആ ഗ്രാമത്തില് എത്തി ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇരുന്നു ഇരുന്നപ്പോ അനേക സഹസ്രം ആളുകൾ ബുദ്ധൻ പറയണത് കേൾക്കാനായിട്ട് മുമ്പിൽ വന്നിരുന്നു ഇവരൊക്കെ വന്നിരുന്നിട്ടും ബുദ്ധൻ വായ തുറന്നില്ല അപ്പൊ കൂടെയിരിക്കുന്ന ബുദ്ധന്റെ ഒരു ബന്ധുവാണ് ആനന്ദൻ ആനന്ദൻ ബുദ്ധനോട് പറഞ്ഞു ഭഗവാനെ ഇത്ര പേര് വന്നിരിക്കണു അങ്ങെന്താ ഒന്നും പറയാതിരിക്കണം അത് ബുദ്ധൻ പറഞ്ഞു ഇവരൊക്കെ വന്നിരിക്കുന്നു പക്ഷെ ഇവരാരും ഞാൻ പറയണം അത് ശ്രവിക്കില്ല ശ്രവിക്കാ ശ്രവിക്കുന്ന ആള് വന്നാൽ ഞാനൊപ്പം പറയും അപ്പൊ ആനന്ദൻ ചോദിച്ചു ഇത്ര സന്യാസികൾ ഇരിക്കുന്നു ഇവരാരും കേൾക്കില്ലേ ഇല്ല അവർ കേൾക്കും പക്ഷെ ശരിക്കും ശ്രവിക്കില്ല രാജാക്കന്മാർ വന്നിരിക്കുന്നു പ്രഭുക്കൾ വന്നിരിക്കുന്നു അനേക സാധാരണ ആളുകളും ഇരിക്കണം അനേക സഹസ്രം പേര് ഇരിക്കണു അപ്പോഴൊന്നും മിണ്ടിയില്ല അത്രേ അങ്ങനെ ഇരിക്കുമ്പോ ഒരു ചെറിയ പെൺകുട്ടിയും വിറക് പെറുക്കാനായിട്ട് വന്ന കുട്ടിയും അമ്മ വിറക് പിറകി കൊണ്ടുപോകാൻ പോ പറഞ്ഞപ്പോ വിറക് പിറകി തലയിൽ കെട്ടിവെച്ച് പോവാണ് പോണ വഴിയിൽ ഇവിടെ എന്താ തിരക്ക് നോക്കിട്ട് അവിടെ വന്ന് നിന്നു ആ കുട്ടിയെ കണ്ട ഉടനെ ബുദ്ധൻ പറയാൻ തുടങ്ങി ആ ശ്രവണം ഏർപ്പെട്ട ഉടനെ ആ കുട്ടിയുടെ തലയിൽ നിന്ന് വിറക് കെട്ട് ചവട്ടലിട്ട് നിന്നു ആ കുട്ടി ആ കുട്ടി ഗ്രഹിച്ചു ആ കുട്ടിക്ക് സത്യവും ഗ്രഹിക്കാനുള്ള പക്വത ഉണ്ടായി ആശ്ചര്യവച്ഛൈനം അന്യ ശൃണോത്തി അപ്പൊ പണ്ഡിതന്മാര് കേൾക്കണമെന്നോ കഴിവുള്ള ബുദ്ധിശക്തി ഉള്ളവർക്ക് കേൾക്കാൻ കഴിയുമോ ഒന്നും പറയാൻ വയ്യ ആരാ കേൾക്കുക എന്ന് പറയാൻ വയ്യ എപ്പ കേൾക്കെന്ന് പറയാൻ വയ്യല്ല ഈ ശ്രവണം ആശ്ചര്യവച്ഛൈനം അന്യഹ ശൃണോത്തി അങ്ങനെ മറ്റു പലരും കേൾക്കുന്നുണ്ടല്ലോ ഒരുപാട് പേര് കേൾക്കുന്നുണ്ട് അല്ലെ ഇന്നത്തെ കാലത്ത് കേൾക്കാൻ നമുക്ക് എത്ര സൗകര്യം ടേപ്പർ കോഡറുണ്ട് സി ഡി ഉണ്ട് സി ഡി പ്ലെയറുണ്ട് പിന്നെ പുസ്തകങ്ങൾ വായിക്കാം എവിടെയൊക്കെയോ കേൾക്കണു അങ്ങനെ ധാരാളം ബാഹ്യശ്രവണം ചെയ്താലും ശുദ്വാഭിനം വേദന ചെയ്വ കശ്യത്ത് അങ്ങനെ കേട്ടാലും അധികം പേരും ഇവനെ അറിയുന്നില്ല എന്നാണ് എന്താന്ന് വെച്ചാൽ മനസ്സുകൊണ്ട് പിടിക്കാൻ ശ്രമിക്കുകയാണ് മനസ്സിന്റെ മണ്ഡലത്തിൽ നിൽക്കും തോറും ഇവനകപ്പെടുന്നില്ല ഉള്ളില് കുടുങ്ങണില്ല അവസ്ഥ ശ്രുത്വാപ്യേനം വേദന ചെയ്വ കശിത് ഇവനെ കേട്ടാലും പലരും അറിയുന്നില്ല ചിലർ അറിയുന്നില്ല ശ്രുത്വാപ്യേനം വേദന അതാണ് വിദ്യ ഉപനിഷ കടോപനിഷത്തിൽ യമൻ പറഞ്ഞു ശ്രവണായാപി ബഹുബിർ യോന ശൃണ്ന്തോ വിദ്യുഹൂര് അനേക സഹസ്രം പേരിൽ കേൾക്കാൻ പോലും പലർക്കും കിട്ടണില്ല കേട്ടാലും പലരും മനസ്സിലാക്കണില്ല ഇതിനെ അറിഞ്ഞു അനുഭവിച്ചു പറയുന്നവൻ ആശ്ചര്യം അതിനെ ശരിക്കു ഗ്രഹിച്ചവൻ ആശ്ചര്യം കുശലോസ്യ ലബ്ധ ശരിയായൊരാചാര്യൻ മുഖേന ഇത് കേട്ട അറിഞ്ഞ് സത്യത്തിനെ കണ്ടെത്തിയവൻ ലോകത്തിലെ ഏറ്റവും ആശ്ചര്യമായ ഒരു വസ്തുവാണ് കുശലാനുശിഷ്ട വിദ്യാരണ്യസ്വാമികൾ അവരുടെ അടുത്ത് പറയുന്നു ഇങ്ങനെ വേദാന്ത പ്രഭാഷണം എവിടെയോ നടക്കുന്നു തെരുവിലൂടെ ആരോ പോയിക്കൊണ്ടിരിക്കുമ്പോ കൂട്ടുകാരോ ആരെങ്കിലും ഒക്കെ പറഞ്ഞത് അവിടെ എന്തോ നടക്കണു നമുക്കൊന്ന് കേട്ടിട്ട് പോവാം വരൂ എന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ചോണ്ടുവരുന്നു അങ്ങനെ വന്നിട്ട് അവർ വന്ന് കേൾക്കണതുണ്ടല്ലോ അവരുടെ ഉള്ളിൽ എന്തോ ആത്മാ ബ്രഹ്മം ക്തി ഈ സംസാരത്തിൽ നിന്ന് വിമുക്തി സാധ്യമാണ് ഈ ബന്ധത്തിൽ നിന്ന് വിച്ഛേദം സാധ്യമാണ് സ്വാതന്ത്ര്യം നേടാൻ കഴിയും എന്നുള്ള ഈ സന്ദേശം ഉള്ളിൽ വീഴുന്നത് തന്നെ ഈ ജീവന്റെ ജീവിത യാത്രയിൽ ഏറ്റവും മുഖ്യമായ ഘട്ടമാണെന്ന് അത് അയാൾക്ക് അറിയ അയാൾ ചിലപ്പോൾ ഒരുപക്ഷെ അഞ്ചു മിനിറ്റ് ഇരുന്നിട്ട് എഴുന്നേറ്റ് പോകുമായിരിക്കും പക്ഷേ ആ ഇരുന്നിട്ട് പോണ സമയത്ത് ഹൃദയത്തിൽ വീഴുന്ന ഈ കാര്യമുണ്ടല്ലോ ഇത് ലൗകിക വർത്തമാനമല്ല ജ്ഞാനികളെ സംബന്ധിച്ചിടത്തോളം കഥ പറഞ്ഞാൽ പോലും ലൗകിക വർത്തമാനം സദാശിവ ബ്രഹ്മേന്ദ്ര സ്വാമികൾ ഒരിക്കൽ തമിഴ്നാട്ടിൽ ഒരു തെരുവിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരിടത്ത ആളുകൾ ചീട്ട് കളിച്ചു കൊണ്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കണേ അപ്പൊ സ്വാമികളുടെ കൂടെ ഒരാൾ നടക്കണുണ്ട് സ്വാമികളെ ശ്രദ്ധിച്ചുകൊണ്ട് അടുത്ത തെരുവിലേക്ക് പോയപ്പോ അവിടെ ഒരാൾ പുരാണം പറഞ്ഞുകൊണ്ടിരിക്കണു കഥ അവിടെയും കുറെ ആളുകൾ ഇരിക്കണുണ്ട് അപ്പൊ സദാശിവ ബ്രഹ്മേന്ദ്ര പറഞ്ഞു അന്തത്തെരുവില് ഇന്ദലോക പമ്പ് ഇന്തെരുവിൽ അന്തലോക വമ്പ് ആ തെരുവില് ഈ ലോകത്തിലെ ഗോസിപ്പിങ് ഈ ലോകത്തിനെ കുറിച്ചുള്ള പമ്പ് എന്ന് വെച്ചാല് വെടി പറഞ്ഞുകൊണ്ടിരിക്കുക ഈ തെരുവില് ആ ലോകത്തിലെ കാര്യങ്ങളൊക്കെ പൊളിറ്റിക്സ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കണമെന്നാണ് അവിടെ ദേവന്മാർ യുദ്ധം ചെയ്തു അസനന്മാർ യുദ്ധം ചെയ്തു ശണ്ട അവരെന്തോ നേടി എന്നൊക്കെ പറഞ്ഞ അവിടുത്തെ കഥ ഇത് രണ്ടോ അവർക്ക് ലോകവർത്തമാനമാണ് അപ്പോ ഇതല്ലാതെ ഉള്ള വിഷയം അപൂർവമായ വിഷയം എന്താണ് എന്റെ ഉള്ളിൽ ഇവിടെ ഇപ്പൊ തന്നെ കണ്ടെത്താവുന്ന ഒരു വലിയ സത്യമുണ്ട് ഞാൻ ഈ ശരീരമല്ല ഞാൻ മനസ്സല്ല ഞാൻ ബുദ്ധിയോ അഹങ്കാരമോ അല്ല ഇതൊക്കെ അല്ല എന്ന് തള്ളിക്കളഞ്ഞാൽ തള്ളാനും കൊള്ളാനും കഴിയാതെ അവശേഷിക്കുന്ന അറിവ് സച്ചിതാനന്ദം അവബോധം ആ പ്രജ്ഞയാണ് എന്റെ യഥാർത്ഥ സ്വരൂപം മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം ന്രോത്രജിഹ്വേ നഘ്രാണനേത്രേ ന്യോമഭൂമിർണ തേജോനവായു ചിദാനന്ദരൂപശിവോഹം ശിവോഹം ചിദാനന്ദരൂപമായ ആ ശിവം പ്രജ്ഞയാണ് ഞാൻ എന്നുള്ളത് ഒരു ക്ഷണനേരത്തേക്കെങ്കിലും കേട്ട് ആ ക്ഷണത്തിലേക്കെങ്കിലും ചിത്തം നിശ്ചലമായിട്ട് നിന്നാൽ നൂറ് അശ്വമേധം ചെയ്തതിനേക്കാളും ഫലമാണ് നൂറ് അശ്വമേധം ചെയ്താൽ ദേവലോകത്ത് പോയി ഇന്ദ്രനായിട്ട് തിരിച്ചു വരാം ഈ സത്യം അല്പം ഗ്രഹിച്ചാൽ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ പരിപൂർണമായി വിമുക്തനാവാം അപ്പൊ ഈ സത്യം അത്ര ഉജ്ജ്വലമായ ഈ അമൃതം ഈ അമൃതത്തിനെ കേൾക്കണവൻ ആശ്ചര്യം പറയണവൻ ആശ്ചര്യം അറിഞ്ഞനുഭവിക്കുന്നവൻ അത്യാശ്ചര്യം ആശ്ചര്യവത് പശ്യതി കശ്യേനും ആശ്ചര്യവത് പദ്ധതി തഥൈവച്ഛാന്യ ആശ്ചര്യവച്ഛയണം അന്യ ശൃണോത്തി ശ്രുവാഭിനം വേദന ചെയ കശ്യത് സാധാരണ ഇത് കേട്ടാൽ അധികം പേരും ശരിക്കു ഗ്രഹിക്കണില്ല ഗ്രഹിച്ചില്ലെങ്കിൽ എന്തുവേണം ഗ്രഹിക്കുന്നവരെ മനനം ചെയ്യണം മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലാകണവരെ കടയണം ഉള്ളിലിട്ട് അരേ അയം ആത്മാ ദ്രവ്യ മൈത്രയി ചോദിച്ചു യാജ്ഞവൽക്യനോട് യാജ്ഞവൽക്യന്റെ ഭാര്യ മൈത്രിയിജ്ഞവൽക്യ മഹർഷിയോട് ചോദിച്ചു അങ്ങ് പറഞ്ഞു തരൂ ജീവിതത്തിൽ പരിപൂർണ നിർവൃത്തി വേണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ഭർത്താവ് എല്ലാം വിട്ടിട്ട് പോവാൻ നിൽക്കുകയാണേ അപ്പൊ യാജ്ഞവൽക്യം പറഞ്ഞു ഡോ മൈത്രയി അരേ മൈത്രയി എന്നാണ് സംസ്കൃതത്തില് ഡോ മൈത്രയിൽ ഡോ മൈത്രയി ആത്മാവിനെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു ആത്മാദ്രഷ്ടവ്യഹ എങ്ങനെ കണ്ടെത്തും ശ്രോതവ്യോ മന്തവ്യോ നിതിധ്യാസിതവ്യ ആദ്യം അറിഞ്ഞനുഭവിച്ചവരിൽ നിന്നും ഈ കേൾക്കണം കേട്ടിട്ട് നല്ലവണ്ണം തെളിയണവരെ വിചാരം ചെയ്തുകൊണ്ട് ഉള്ളിലിട്ട് കടയണം മന്തവ്യഹ എന്നിട്ടോ അവസാനം തൈര് കടയുമ്പോ വെണ്ണ പിരിഞ്ഞു വരുന്ന പോലെ ഈ ജഡത്തിന്റെ ഉള്ളിൽ ഈശ്വരൻ തെളിഞ്ഞുവരും ബോധം തെളിഞ്ഞു വരും ഊനുക്കുൾ ഈശൻ ഒളിന്തിരന്താനേ ഈ ശരീരത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന സർവേശ്വരൻ വേർപിരിഞ്ഞു പ്രകാശിക്കും ആ വേർപിരിഞ്ഞു പ്രകാശിക്കുന്ന പ്രജ്ഞയെ കണ്ടെത്തി അനുഭവിക്കണവേറെ കടഞ്ഞുകൊണ്ടേയിരിക്കണം ഒന്നാണ് ശ്രോതവ്യോ മന്ത്രവ്യോ നിധിധ്യാസിത ശ്രവണം ചെയ്യ മനനം ചെയ്യ അനുഭവിക്കുക അപ്പോ നമുക്കിവിടെ ഭഗവാൻ ശ്രവണത്തിനുള്ള ഭാഗ്യം സിദ്ധിച്ചിരിക്കും ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ മനനം നിധിധ്യാസനം നമ്മളിൽ ആക്കി തീർക്കാം നിധിധ്യാസനം എന്ന് വച്ചാൽ നിശ്ചലമായിട്ട് മനസ്സ് സ്വരൂപത്തിൽ നിൽക്കലാണ് നിധിധ്യാസനം ചലിക്കാതെ മനസ്സ് ആത്മവസ്തുവിൽ നിൽക്കുമ്പോ പ്രജ്ഞാമയമായിട്ട് ബോധമയമായിട്ട് നിൽക്കുമ്പോ ഉള്ളിലെ ആനന്ദം നിറഞ്ഞു തുളുമ്പുന്ന സ്ഥിതിയാണ് നിധിധ്യാസം അല്ലാതെ ചിത്തവൃത്തിയുടെ സ്വരൂപമല്ല നിധിധ്യാസനം അങ്ങനെ ഉള്ള നിധിധ്യാസനം സിദ്ധിച്ചവൻ ആശ്ചര്യം എന്ന് പറഞ്ഞ് അടുത്ത ശ്ലോകം देहे सर्वस्य ഭാരത തസ് സർവാണി ഭൂത ത്വം ശോചിത്തർഹസി ഹേ ഭാരത സർവസ്യ ദേഹെ എല്ലാവരുടെ ദേഹത്തിലുമുള്ള ഈ ദേഹി നിത്യം ശാശ്വതമായി അബദ്ധ്യ വധിക്കാൻ കഴിയാത്തവനാണ് നശിപ്പിക്കാൻ കഴിയാത്തവനാണ് തസ്മാ അതുകൊണ്ട് സർവാണി ഭൂതാനി ഒരു പ്രാണികളെക്കുറിച്ചും നീ ദുഃഖിക്കേണ്ട ആവശ്യമില്ല തസ്മാർ ഭൂതം ശോചിത്തും അർഹസി എന്ന് പറഞ്ഞ് കുറച്ചുകൂടെ ലോവർ പ്ലെയിനിൽ അറിഞ്ഞുവെന്ന് ഭഗവാൻ പറയാം സ്വധർമ്മത്തിന്റെ തലം സ്വധർമ്മമേക്ഷ്യകമ്പർ ധർമ്മ്യുത്തശ്രേയോന ക്ഷീയത്തെ സ്വധർമ്മം അപ്പി ച അപേക്ഷ്യ സ്വധർമ്മത്തിന്റെ തലത്തിൽ നിന്ന് നോക്കുകയാണെങ്കിലും നബികമ്പിതുമർഹസി ചലിക്കാൻ പാടില്ല എന്തുകൊണ്ട് എന്നുവെച്ചാൽ ധർമ്മയുദ്ധം ചെയ്യുക എന്നുള്ളതിനേക്കാളും ക്ഷത്രിയന് ശ്രേയസ്കരമായിട്ട് മറ്റൊന്നുമില്ല ധർമ്മത്തിനു വേണ്ടി ലോകക്ഷേമത്തിനായി ലോകമംഗളത്തിനായി മറ്റുള്ളവരെ രക്ഷിക്കാനായിട്ട് യുദ്ധം ചെയ്യുക എന്നുള്ളതിനേക്കാളും ക്ഷത്രിയന് ശ്രേയസ്കരമായിട്ട് വേറെ ഒന്നും ഇല്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തനിക്ക് സ്വർഗത്തിനുള്ള ദ്വാരം തുറന്നിട്ടിരിക്കണം അത് ധർമ്മശാസ്ത്രങ്ങൾ പറയുന്നതാണ് ധർമ്മയുദ്ധത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ശരീരം ത്യജിക്കുന്നവൻ ഉയർന്ന ലോകത്തിനെ പ്രാപിക്കും ഒരുപക്ഷെ ജ്ഞാനം നേടിയിട്ടില്ലെങ്കിലും അവനുയർന്ന ഒരു മണ്ഡലത്തിൽ ജനനമുണ്ടാവും അതാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് യദൃശയാചോപന്നഗദ്മപാവൃതം സുഖിന ക്ഷത്രിയാ പാർത്ഥ ലഭന് യുദ്ധമീദൃശം ഹേ പാർത്ഥ യർ എന്ന് വെച്ചാൽ പ്രതീക്ഷിക്കാതെ അഥവാ നിയതിക്കനുസരിച്ച് സ്വർഗദ്വാരം എതിർച്ചയാ അപാവൃത്തം എതിർച്ചയാ അങ്ങക്ക് ഈ യുദ്ധം കിട്ടിയിരിക്കണം ഈ യുദ്ധത്തിലൂടെ സ്വർഗത്തിലേക്കുള്ള ദ്വാരം തുറന്നിട്ടിരിക്കണം സ്വർഗം എന്ന് വച്ചാൽ എന്താ ഉയർന്ന ഒരു എക്സിസ്റ്റൻസ് മനുഷ്യ ശരീരം വിട്ടുപോയാൽ പോലും തനിക്ക് ഒരു നാശവും വരില്ല കാരണം എത്രയോ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ് നീ യുദ്ധം ചെയ്യണം അല്ലെങ്കിൽ അവർക്കൊക്കെ ജീവിതം നരകമാവും അവരെ രക്ഷിക്കാൻ വേണ്ടി യുദ്ധം ചെയ്ത് നീ മരിച്ചാ പോലും സ്വർഗദ്വാരമപാവൃതം അങ്ങനെയുള്ള ഒരു സേവ ചെയ്യാൻ കിട്ടിയിരിക്കുന്ന ക്ഷത്രിയന്മാര് സുഖിനെ ഭാഗ്യവാൻമാരാണ് സുഖിനഹ ക്ഷത്രിയാഹാ പാർത്ഥ ഒരു വശത്ത് വേറൊരർത്ഥം എന്താണെന്ന് വെച്ചാൽ ക്ഷത്രിയന്മാർ ഒരു വശത്ത് സുഖമായിട്ടിരിക്കും അല്ലെ രാജാവാണെങ്കിൽ എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടെയും നല്ല കിടക്കയും വീശാനാളുകളും കുളിക്കാൻ എന്താ പറയാ സുഗന്ധദ്രവ്യങ്ങൾ നിറച്ചിരിക്കുന്ന കുളവും ഒക്കെ അത്ര അവർക്ക് ഇത്രയൊക്കെ ഉള്ള ആ ക്ഷത്രിയന്മാര് ഇത്ര സുഖിച്ചു ശരീരഭോഗത്തിൽ ഇരിക്കുന്നവര് ഒരു ക്ഷണം ലോകരക്ഷയ്ക്ക് ധർമ്മത്തിന് വേണ്ടി യുദ്ധം ചെയ്ത് ശരീരം മുഴുവൻ രക്തം കുളിച്ച് യുദ്ധഭൂമിയിൽ കിടക്കാനും തയ്യാറാണ് രണ്ടു അവരിലുണ്ട് ഒരു വശത്ത് ശരീരം സുഖമായിട്ട് വെക്കുന്നു വേറൊരു വശത്ത് രക്തത്തിൽ കുളിച്ചു മരിക്കാനും തയ്യാറായിട്ട് യുദ്ധത്തിന് ഇറങ്ങണം അങ്ങനെയുള്ള ക്ഷത്രിയന്മാർക്ക് അവർ ഭാഗ്യവാൻമാരാണ് അവർക്ക് ഇങ്ങനെയുള്ള യുദ്ധം കിട്ടുന്നു ലഭന്ധമീദൃശം ഇനിയിപ്പോ ഈ സ്വധർമ്മത്തിനെ താൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്തു വരും അതാണ് ഭഗവാൻ അടുത്ത ശ്ലോകം പറയണത് അഥ ചേ ത്വമിമം ധർമ്മ്യം സംഗ്രാമം അഥ ഇനിപ്പോ ചേത് അ ചേത്ത് ഇമം ധർമ്മ്യം സംഗ്രാമം കരിഷ്യസി ധർമ്മയുദ്ധം നീ ചെയ്തിട്ടില്ലെങ്കിൽ സ്വധർമ്മത്തിനെയും നഷ്ടമാക്കും തനിക്കൊരു കീർത്തി ഉണ്ട് യശസ് ലോകത്തിലൊരു പ്രസിദ്ധിയും ഉണ്ട് അതും നഷ്ടമാകും എന്നിട്ട് വലിയ പാപവും വന്നു ചേരും എന്താ പാപം താൻ ചെയ്യേണ്ടത് ചെയ്തിട്ടില്ലെങ്കിൽ ആ ചെയ്യാനുള്ള വാസന ഒഴിഞ്ഞു പോവാതെ ഉള്ളിലെ കറുത്ത മേഘം പോലെ കിടന്നിട്ട് സ്വരൂപസുഖത്തിനെ മറച്ചു കിടയും അതിനെയാണോ പാപം പാപം എന്ന് വെച്ചാൽ പുറമേക്ക് ആരെങ്കിലും നമ്മളെ ശിക്ഷിക്കാൻ നിൽക്കുകയല്ല ചെയ്യേണ്ട ധർമ്മം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾക്ക് ഒഴിഞ്ഞു പോകേണ്ട വാസനകൾ ഉള്ളിലുള്ളത് അവിടെ തന്നെ കിടക്കും അതവിടെ കിടന്നിട്ട് ഒരു കറുത്ത മേഘം പോലെ സൂര്യനെ മറയ്ക്കുന്ന മേഘം പോലെ ഉള്ളിലിരുന്നു സുഖത്തിനെ മറച്ചുകളയും അതുകൊണ്ട് ഹിത്വ പാപമവാപ്സസി ഭയങ്കരമായ പാപം തനിക്ക് വന്നു തീരും മാത്രമല്ല ദൃഷ്ടിയാ നോക്കിയാൽ എന്ത് സംഭവിക്കും അകീർത്തി കഥയിഷ്യന്തിയാതാകീർത്തി മരണതിരിച്യത്തെ ഭരണാദുപരം മംസ്യത്തെ ം മഹാര ബഹുമോ ഭൂഘവം അവാച്യ വാദംശൂന് വധിഷ്യസ്തവ സാമഥ്യം അർജുനന്റെ അഭിമാനത്തിനെ ഭഗവാൻ ഉപയോഗിക്കുകയാണ് അപ്പൊ അർജുനന്റെ വാനിറ്റി ഭഗവാൻ പറയാണ് അർജുന അകീർത്തി ഭയങ്കരമായ പേരുദൂഷ്യം വരും നാളത്തെ ഹസ്തിനാപുരം ടൈംസില് ഫ്രണ്ടില് ഫോട്ടോ വരും അർജുന അർജുനൻ പേടിച്ചോടി എന്നുള്ള അർജുനൻ പോണ പേടിച്ചോടുന്ന രഥത്തിന്റെ ഫോട്ടോ അടക്കം ദുര്യോധനം കൊടുക്കും വേണോ അകീർത്തി കഥകിഷ്യന്തി അവ്യയാം തീരാത്ത കീർത്തി വരും ജീവിതം മുഴുവൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും താൻ ഇത്ര കാലം ചെയ്ത യുദ്ധമോ എന്താ വിരാടന്റെ രാജധാനിയില് പശുക്കളെ എടുക്കാമെന്നപ്പോ അവരെ തോൽപ്പിച്ചതൊന്നും പുറത്തു വരികയില്ല ദ്രൗപിയെ ജയിക്കാനായി അസ്ത്രവിദ്യയില് പാടവം കാണിച്ചതൊന്നും പുറത്തു വരില്ല ഇന്ന് ഈ യുദ്ധത്തിന്ന് പിൻവാങ്ങിയാൽ ഒരാളും താൻ കരുണ കൊണ്ട് വിട്ടുപോയിന്നോ കൃപ കൊണ്ട് വിട്ടുപോയിന്നോ ഒരാളും പറയില്ല നാളെ പത്രത്തില് ഫ്രണ്ട് പേജില് ഫോട്ടോ സഹിതം വരും ഭയാദ് രണാത് ഉപരതം ഇതാ പേടിച്ചിട്ട് ഓടുന്നു എന്താ വരിക ടൈറ്റിലും കൊടുത്തു ഭഗവാൻ ഭയാത് രണാഥ് ഉപരതം ഫ്രണ്ട് പേജിൽ വരുമോ അത്രേ ഫസ്റ്റ് ടൈറ്റിൽ ക്യാപ്ഷൻ പേടിച്ചു ഓടുന്നു അർജുനൻ ഭയന്ന് ഓടി കുരുക്ഷേത്ര ഭൂമി ടൈറ്റിൽ അർജുനൻ കുരുക്ഷേത്ര ഭൂമിയിൽ പേടിച്ചോടി ദുര്യോധനോട് പ്രത്യേക സ്പെഷ്യൽ ഇന്റർവ്യൂ എന്താണെന്ന് ചോദിച്ചാൽ അവൻ പേടിത്തൊണ്ടനാണ് ഞങ്ങൾക്ക് പണ്ടേ അറിയാം അവൻ ആണുമല്ല പെണ്ണുമല്ല എന്ന് ബൃഹന വേഷം കിട്ടിയപ്പോഴേ ഞങ്ങൾക്കറിയാം അത്രയേ ഉള്ളൂ ുള്ളവനൊക്കെ ചാക്കനും ബൊക്കനും ഒക്കെ പറയ എന്നെ കണ്ടിട്ടാ അർജുനം പേടിച്ചോടിയതാന്ന് പറയും അപ്പൊ വേണോ ഭയാത് രണാത് ഉപരഥം മംസ്യന്തേത്വം മഹാരഥാ മഹാരഥന്മാരായ ഭീഷ്മർ ദ്രോണരൊക്കെ അപമാനിതരാവും അവരൊക്കെ വിചാരിക്കും അയ്യോ അർജുനൻ പേടിച്ചുവല്ലോ യേശാം ചം ബഹുമതോ ഭൂത്വ അവരൊക്കെ ഇപ്പൊ തന്നെ അവരൊക്കെ തന്നെ ലാഘവം വളരെ ലഘുവായി തുച്ഛമായിട്ട് കരുതും വേണോ ഭൂത്വാസ്യസിലാഘവം മാത്രമല്ല അവാച്യവാദാന് പറയാൻ പാടില്ലാത്തതൊക്കെ പറയും തന്നെ കുറിച്ചേ പറയാൻ പാടില്ലാത്തതൊക്കെ പറയും അവാച്യവാദാൻ ബഹൂനുപതിഷ്യന്തി അഹിതാഹ എവിടെയാ തനിക്കൊരു പേരുദൂഷ്യം വരാൻ സമയം കിട്ടണതെന്ന് കാത്തുകൊണ്ടിരിക്കുക അവരെ അഹിതന്മാര് തനിക്ക് ഹിതം അല്ലാത്തത് ചെയ്യാൻ കാത്തുകൊണ്ടിരിക്കുന്നവർക്ക് ഇതൊരു ചാൻസ് ആവും അവാച്യവാദാൻശ ബഹൂനുപതിഷ്യന്തി തവ അഹിത നിന്ദന്ത സാമർഥ്യം തന്റെ സാമർഥ്യത്തിനെയൊക്കെ അവർ നിന്ദിക്കും ഇതൊക്കെ വെറും വേഷമാണെന്ന് പറയും വെറും പെരട്ടാണെന്ന് പറയും ഇവൻ ഒരു കഴിവുമില്ല എന്ന് പറയും കൈക്കൂലി കൊടുത്തിട്ട് പട്ടം വാങ്ങിച്ചതാണെന്ന് പറയും എല്ലാം പറയും വേണോ തത്തോ ദുഃഖ തരം നോക്കിയും ഇതിനേക്കാളും ദുഃഖം ഉണ്ടാക്കുന്നത് വേറെ എന്താ ഉള്ളത് അർജുന മരിച്ചു പോവാണെങ്കിൽ മരിച്ചു പോകും ഒന്നില് ജയിക്കണം അല്ലെങ്കിൽ ചാകണം ഒരു വീരവാണിയാണ് ഭഗവാന്റെ അവസാനത്തെ ശ്ലോകം നോക്ക ഇവിടുത്തെ ശ്ലോകം ഹതോവാസി സ്വർഗം ജിവാഹീം തസ്മാകൗയാശ്ചയ ഹോവാസി സ്വർഗം ഈ യുദ്ധത്തിൽ താൻ കൊല്ലപ്പെടുകയാണെങ്കിൽ സ്വർഗത്തിലേക്ക് പോകും ജിത്വാ ജയിക്കുകയാണെങ്കിൽ അഖണ്ഡമായ ശത്രുക്കൾ ഇല്ലാത്ത രാജ്യത്തിനെ തനിക്ക് ഭുജിക്കാം ോക്ഷ്യസേ മഹീം രണ്ടായാലും പ്രവൃത്തി ചെയ്യണത് നല്ലത് പ്രവൃത്തി ഉപേക്ഷിക്കണതിനേക്കാളും തനിക്ക് കിട്ടിയിരിക്കുന്ന പ്രവൃത്തി ഏതു വിധത്തിലായാലും ചെയ്യണത് നല്ലത് അതിൽ സക്സസ് ആവട്ടെ ഫെയിലുവറാവട്ടെ രണ്ടും തനിക്ക് അനുഗ്രഹമാണ് അതിനെ ഉപേക്ഷിച്ചു പോണതിനേക്കാളും എല്ലാം കൊണ്ടും അതിൽ ഇരിക്കുന്ന ഫെയിലുവറും നല്ലതാണ് സക്സസും നല്ലതാണ് ചെയ്യൂ തസ്മാത് ഉഷ്ഠകവും തേയ എന്നാണ് ഇങ്ങനെ മടി പിടിച്ച് ഞെഞ്ഞ മെഞ്ഞ എന്ന് ആണു അല്ല ഉദ്ധിഷ്ട കൗന്തേയ യുദ്ധമായ കൃതനിശ്ചയ യുദ്ധത്തിനായിക്കൊണ്ട് നിശ്ചയിച്ച മതിയോടുകൂടെ ഗാന്ഡീപം എടുക്ക എന്ന് ഭഗവാൻ പറയണം ഈ ശ്ലോകം വളരെ പ്രധാനം കർമ്മഭൂമിയിലിരിക്കുന്ന ആള് ഒരിക്കലും അവസരത്തോടുകൂടി കർമ്മം ഉപേക്ഷിച്ചു പോകരുത് ഗീതയുടെ സിദ്ധാന്തം കർമ്മസിദ്ധാന്തമല്ല ഗീത ഗീതയുടെ സിദ്ധാന്തം ജ്ഞാന സിദ്ധാന്തമാണ് നല്ലവണ്ണം ഓർത്തോളും കർമ്മസിദ്ധാന്തമല്ല ഒരിക്കലും ഒരു ശാസ്ത്രവും കർമ്മസിദ്ധാന്തം പറ്റില്ല പക്ഷേ ഗീത ഒരിക്കലും കർമ്മത്തിന് ഉപേക്ഷിക്കാൻ പറയില്ല കർമ്മം ശ്രേഷ്ഠമാണെന്നുള്ളത് കൊണ്ടല്ല പക്ഷെ കർമ്മം ഉപേക്ഷിച്ചാൽ അപകടം ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് കർമ്മം ഉപേക്ഷിക്കാൻ ആർക്കും അർഹതയും ഇല്ല കർമ്മം അവസരപ്പെട്ട് ഉപേക്ഷിച്ചാൽ വാസനകളൊന്നും പോവുകയുമില്ല എന്തൊക്കെ ചെയ്തു തീർക്കാനുണ്ടോ അതൊക്കെ ഉള്ളിലിങ്ങനെ അബോധതലത്തിൽ ചെന്ന് വാസനാമയമായിട്ട് കിടന്ന് ഈ ജീവനെ ദുഃഖിപ്പിക്കും അതുകൊണ്ട് കർമ്മം ശ്രേഷ്ഠം എന്നുള്ളത് കൊണ്ടല്ല നമ്മളാരും ചെയ്തിട്ടൊന്നും ഈ ലോകത്തിലൊന്നും സംഭവിക്കാൻ പോണില്ല അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള വാദമല്ല ഗീതയിലുള്ളത് പക്ഷേ പൂർവജന്മത്തിൽ ചെയ്യാനുള്ള ആഗ്രഹവും കർമ്മവാസനയും കൊണ്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഉള്ള കർമ്മത്തിനെ ഒഴിച്ചു മാറ്റിയിട്ടില്ലെങ്കിൽ പരമസത്യം തെളിഞ്ഞു കിട്ടില്ല അതുകൊണ്ട് കർമ്മത്തിനെ ഉപേക്ഷിക്കുന്നത് ഒന്നുകൊണ്ടും നല്ലതല്ല കർമ്മമാണോ നമുക്ക് വിധിച്ചു കിട്ടിയിരിക്കുന്നത് നമ്മളായിട്ട് കർമ്മത്തിനെ എടുത്ത് തലയിൽ പുതിയ കർമ്മ കയറി ഒരു കർമ്മത്തിനെ എടുത്ത് തലയിലിട്ടാൽ അത് അപകടം പക്ഷെ നമുക്ക് വിധിച്ചു കിട്ടിയിരിക്കുന്ന കർമ്മം പ്രാരബ്ധവശാൽ നിയതിവശാൽ എന്ത് കർമ്മം നമുക്ക് വിധിച്ചു കിട്ടിയിരിക്കുന്നുവോ ആ കർമ്മത്തിൽ കാമ്യമില്ലാതെ ഞാൻ ചെയ്യണോന്നുള്ള ഭാവമില്ലാതെ ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടെ അത് അനുഷ്ഠിച്ചാൽ അതിൽ സക്സസ് ആണെങ്കിലും പരാജയമാണെങ്കിലും അത് നമുക്ക് നല്ലതാണ് അതാണ് ഈ ശ്ലോകത്തിന്റെ മർമ്മം അതാണ് സ്വധർമ്മം അനുഷ്ഠിക്കണത് കൊണ്ട് മരണം വന്നാൽ പോലും നല്ലതാണ് ഭഗവാൻ ഇനി പറയാൻ പോണോ അത് സ്വധർമ്മം അനുഷ്ഠിച്ച് എന്തൊക്കെ തന്നെ കേടുപാട് വന്നാലും ഉള്ളിൽ തൃപ്തി ഉണ്ടാവും സ്വധർമ്മത്തിനെ ഉപേക്ഷിച്ചാൽ ഉള്ളിലുള്ള തൃപ്തിയും ശാന്തിയും മുഴുവൻ നഷ്ടപ്പെട്ടു പോകും വാസനകൾ കട്ടികൂടിക്കൂടികൂടി വരും മനസ്സിൽ അതുകൊണ്ട് കർമ്മത്തിനെ അവസരപ്പെട്ട് ഉപേക്ഷിക്കരുത് ജ്ഞാനത്തിനെ പരിശീലിച്ചുകൊണ്ട് ഞാൻ ആരാണ് എന്റെ സ്വരൂപം എന്താണെന്നുള്ള വിചാരത്തിനെ വിടാതെ വാസനകളെ ഒഴിച്ചു മാറ്റാന്നുള്ള ലക്ഷ്യത്തോടുകൂടെ കർമ്മമണ്ഡലത്തിൽ വ്യവഹരിക്കുകയാണെങ്കിൽ കർമ്മം ചെയ്യും തോറും ഉള്ളിലുള്ള വാസനകൾ ഒഴിഞ്ഞൊഴിഞ്ഞു പോകും പുതിയ വാസനകൾ ഉണ്ടാവില്ല മേഘം ഒഴിഞ്ഞു പോയി ആകാശം തെളിയണ പോലെ ഇന്നലെ ഇരുണ്ടിരുന്ന ആകാശം ഇന്ന് തെളിഞ്ഞു എന്തുകൊണ്ട് തെളിഞ്ഞു ഉള്ള മേഘം മഴ പെയ്തു പോയതുകൊണ്ട് അല്ലെങ്കിലും അങ്ങനെ നിന്നാൽ ചുടും വേർക്കും അല്ലെ മഴയും പെയ്യാതെ നിന്നാൽ ആ ഒരു വിമിഷ്ടം ഉണ്ടാവും നമുക്ക് ആകെപ്പാട ഒരു സുഖം ഉണ്ടാവില്ല കണ്ടിട്ടുണ്ടോ പ്രകൃതി തന്നെ കാണാം മേഘം കൂടി നിന്ന് മഴയും പെയ്തിട്ടില്ലെങ്കിൽ ആകെപ്പാടൊരു മൂഡ് ഓഫ് ഒരു മൂടി നിൽക്കുന്ന ക്ലൈമറ്റ് എന്ന് പറയും ഇതുപോലെ ഒന്നിൽ മഴ പെയ്യണം അല്ലെങ്കിൽ കാറ്റടിച്ച് മേഘത്തിനെ മാറ്റണം ഇത് രണ്ടും ഇല്ലാതെ ഉള്ളില് വാസനകൾ അങ്ങനെ കെട്ടി നിന്നാൽ ഒരു ശാന്തി ഉണ്ടാവില്ല ഉള്ളത് ഒഴിഞ്ഞു പോകണം ഒഴിഞ്ഞു പോകണമെങ്കിൽ പ്രവർത്തിക്കണം പുതിയത് ഉണ്ടാവാതിരിക്കാൻ ജ്ഞാനം വേണം അതാണ് സീക്രട്ട് ഉള്ളത് ഒഴിഞ്ഞു പോകണം പുതിയത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ ജ്ഞാനത്തിന്റെ സഹായം രാമകൃഷ്ണപരമംസറുടെ ഭാഷയിൽ പറഞ്ഞാൽ കയ്യിൽ എണ്ണ തേച്ചിട്ട് ചക്ക ആയണം അല്ലെങ്കിൽ മുളഞ്ഞു കയ്യിലൊക്കെ ഒട്ടും ചക്ക ആയാതിരുന്നാലോ മധുരം അനുഭവിക്കാനും പറ്റില്ല പക്ഷെ കയ്യിൽ എണ്ണ തേക്കാതെയാണ് ചെയ്യണതെങ്കിൽ കൈയിലും മേത്തും മീശയിലും താടിയിലും തലയിലും ഒട്ടിപ്പിടിക്കും താടിയിലും മീശയിലും ഒട്ടിയാ പിന്നെ വെട്ടിക്കളയെന്നെ വേണം വൃത്തിയൊന്നുമില്ല അപ്പോ കയ്യിൽ എണ്ണ തയ്ക്കലാണ് ജ്ഞാനം ജ്ഞാനത്തോടുകൂടെ കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിയാണെങ്കിൽ ഒട്ടാതെ നിൽക്കാൻ പറ്റും യഥാർത്ഥ ജ്ഞാനം വരുമ്പോൾ നമ്മളായിട്ട് ഒന്നും ഉപേക്ഷിക്കേണ്ട വിട്ടുപോകും തേങ്ങ എത്ര ചിരകിയാലും ചിരട്ടയിൽ ഒട്ടി നിൽക്കും അല്ലെ കൊട്ടത്തേങ്ങയാണെങ്കിലോ തനിയെ മുഴുവൻ വിട്ടുവരും കൊട്ടത്തേങ്ങ നാച്ചുറൽ പ്രോസസ്സാണ് അതങ്ങനെ വിട്ടുവരും ഉള്ളുന്ന് വിട്ടുവരും ജ്ഞാനം കൊണ്ട് വിട്ടുവരുമ്പോൾ അങ്ങനെ വിട്ടുപോകും ഉപേക്ഷിക്കുക എന്തെങ്കിലും ഐഡിയയിൽ വെച്ച് പുറമേക്ക് ഉപേക്ഷിക്കുമ്പോ അത് ഒട്ടിനിക്കും എത്ര ചെറുകിയാലും ഒട്ടി നിൽക്കും അതുപോലെയാണ് കോൺഷ്യസ് ആയിട്ടുള്ള കർമ്മസന്യാസവും ജ്ഞാനം കൊണ്ടുള്ള കർമ്മസന്യാസത്തിനുള്ള വ്യത്യാസം ജ്ഞാനം കൊണ്ട് ഒഴിഞ്ഞു പോകുമ്പോ പൂർണമായി പുഷ്പിച്ച പുഷ്പമായിട്ട് സുഗന്ധം വരത്തുന്ന പുഷ്പമായിട്ട് ആ ജീവൻ എങ്ങനെ നിൽക്കും അതാണ് ഭഗവാൻ പറഞ്ഞത് എന്തുകൊണ്ടും പ്രവർത്തിക്കും അതൊരു പരാജയം വരട്ടെ വിജയം വരട്ടെ നോക്കണ്ട യുദ്ധം ചെയ്യുന്ന ഈ സന്ദേശത്തോടെ നമ്മളിന്ന് നിർത്താം നാളെ വൈകുന്നേരം വീണ്ടും അവിടെ ബ്രാഹ്മണ സമൂഹമിടത്തിലാണ് നാളെ പ്രഭാഷണം നാളെയും മറ്റന്നാളെയും അവിടുത്തെ അവിടെ പ്രഭാഷണം മറ്റന്നാളത്തോടെ സ്ഥിതപ്രജ്ഞലക്ഷണത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്താം